സിദ്ധ്യൂക്തിലാനീശ്വരെ ശിവസമാരംഭയമുരസ് ൂർ ദുപാസം രാത്രി രാത് ഷക്ഷിണേ മാസം സംവത്സരം അപ്പം പ്രാതി മാസ്യതോകം പലോകാത് ആകാശ് ചന്ദ്രമാസം എഷ സോമോ രാജ തദ്ദേശി ഇതുവരെയുള്ള ഭാഗമാണ് നമ്മൾ വിശദീകരിച്ചത് ഇഷ്ടാപൂർത്ത ദത്ത കർമ്മങ്ങൾ ചെയ്യുന്നവർ ദക്ഷിണായന മാർഗത്തിലൂടെ പോകുന്നു അത് പോകുന്ന മാർഗമാണ് ഇവിടെ വിശദീകരിച്ചത് അവിടെ എത്തിച്ചേർന്നവർ ദേവന്മാരുടെ അന്നമാകുന്നു ഭാഷകാരൻ വിശദീകരിച്ചത് അത് കഴിഞ്ഞ് അടുത്തു പറയുന്നവർ തിരിച്ചു വരുന്നതിനെ ഷിപ്പേം അവ അധ്വാൻ പുനർനിവർത്തുഭൂത്തൂമോ ധൂമോ ഭൂത്ത അഭ്രംഭവതി അഭ്രം ഭൂത്ത മേഘോ മേഘോ ഭൂത്ത പ്രവർത്തിഷധിവനസ്പതേ തിലമാഷന് അല്ല ദുർഷ്പോ യോഹ്യുന്ന യോ റെ സിതി തദ്ധി മാസേഭ്യതലോകം പിതലോകാദം ആകാശ്ചന്ദ്രമാസം കോസോ യപിതി ചന്ദ്രമാഷ ദൃശ്യതി അന്തരീക്ഷോ സോമോ രാജ ബ്രാഹ്മണാനാം തത് അന്നം ദേവാനാം തം ചന്ദ്രമസം അന്നം ഇന്ദ്രാദേഷയന്തി അവരിങ്ങനെ പോകുന്നു മാസത്തിൽ നിന്നും പിതൃലോകത്തിൽ പോകുന്നു പിതൃലോകത്തിൽ നിന്ന് ആകാശം ആകാശത്തിന് ചന്ദ്രമസം അന്നമായിത്തീരുന്നു തസ്മിൻ യാവസ്സമ്പാദം ഉഷിത് അതാണ് അടുത്ത് പറയുന്നത് ഇവർ തിരിച്ചുവരുന്ന വഴി ഏതാണ് െ ഏതു വഴിക്കാണ് അവിടെ എത്തിച്ചേർന്നത് അതുവഴി തന്നെ തിരിച്ചു വരുന്നു പോകുന്നതിനൊരു വഴിയുണ്ട് ഞാനു മാസേഭ്യ പിതൃലോകം പിതൃലോകാകാശം ആകാശ ചന്ദ്രമസം ഇതി ഗന ക്രമ തഥാ നിവൃത്തി പിതൃലോകം പിതൃലോകത്തുനിന്ന് ആകാശം ആകാശത്തിന്റെ ചന്ദ്രമസം ചന്ദ്രലോകം ഇങ്ങനെയാണ് പറഞ്ഞത് പക്ഷെ തിരിച്ചങ്ങനെയല്ല പറയുന്നത് പിന്തറഹി ആകാശാ വായു തിരിച്ച് പറയുന്നതിൽ അല്പം വ്യത്യാസമുണ്ട് ഞാനിത് പറഞ്ഞത് പിതൃലോകത്ത് ആകാശം ആകാശത്ത് നിന്ന് ചന്ദ്രമസം എന്ന പറഞ്ഞത് ഇവിടെ അതിന് ആകാശത്തു നിന്ന് തിരിച്ച് പിതൃലോകത്തിലേക്കല്ല വായുവിലേക്കെന്നാണ് പറയുന്നത് പോകുന്ന ക്രമത്തിന് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞിട്ടിവിടെ ആ ക്രമത്തെ മാറ്റി പറയുന്നു എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു ഇതിനെ ബ്രഹ്മസൂത്രം മൂന്നാം മൂന്നാം അധ്യായത്തിൽ വിശദമായി ചർച്ചയുണ്ട് സൂത്രത്തിനും ഭാഷ്യകാരനും അവിടെ ഈ പ്രശ്നം വരുന്നുണ്ട് എന്താ ഇവിടെ പറഞ്ഞു പിതൃലോകത്തിൽ നിന്ന് ആകാശം ആകാശത്ത് നിന്ന് ചന്ദ്രമസം അപ്പൊ തിരിച്ചുവരുമ്പോ ചന്ദ്രമാസത്തിൽ നിന്ന് പിതൃലോകം ആകാശം ആകാശത്ത് നിന്ന് പിതൃലോകം അങ്ങനെയാണ് വരുക പിതൃലോകം അങ്ങനെ വരണം മാസ പിതൃലോകം പിതൃലോകം ആകാശം ആകാശ ചന്ദ്രലോകം തിരിച്ചങ്ങനെ വരണം ചന്ദ്രമാസം ആകാശം പിതൃലോകം മാസം പക്ഷെ ഇവിടെ അങ്ങനെയല്ല ചന്ദ്രമാസം അവിടെ ആകാശ വായു എന്ന് പറഞ്ഞു ചന്ദ്രമസം ചന്ദ്രലോകത്ത് നിന്ന് ആകാശം അവിടെ നിന്ന് പിതൃലോകത്തിനു പകരം വായു എന്ന് പറഞ്ഞു കഥം യഥായുധം അങ്ങനെയാണെങ്കിൽ പിന്നെ പോയതുപോലെ വരുമെന്ന് പറയുന്നത് എങ്ങനെയാണ് നൈഷദോഷ ആകാശപ്രാപ്തി തുല്യത്വ പൃഥിവി അത് ആകാശപ്രാപ്തി അവസാനം പൃഥിവിപ്രാപ്തി ഇതൊക്കെ ഒരുപോലെ എന്തായാലും ഈ പോകുന്ന വഴിക്ക് പൃഥിവിൽ നിന്ന് തുടങ്ങുന്നു ആകാശത്തെ പ്രാപിക്കുന്നു ചന്ദ്രലോകത്തിലെത്തിച്ചേരുന്നു തിരിച്ചും ചന്ദ്രൻ ലോകത്തിൽ നിന്ന് ആകാശത്ത് വരുന്നു അന്ന് പൃഥ്വിയിൽ വരുന്നു അവിടെ സമാനതയുണ്ട് എന്ന യഥാ വിധം ഏവേദിനിയമോ അനേവം വിധമതി നിവർത്തന്തി അങ്ങനെ പോയ വഴിക്ക് തന്നെ നിവർത്തിക്കണമെന്നില്ല മറിച്ചും വരാം തിരിച്ചു വരാം പിന്ന നിവർത്തനം ചെയ്തത് നിയമാ പക്ഷെ നിയമം അതാണ് പോയ വഴിക്ക് തന്നെ തിരിച്ചു വരണമെന്നല്ല അവർക്ക് തിരിച്ചു വരണം വന്നേ തീരൂ ചന്ദ്രലോകത്തിലെത്തി കഴിഞ്ഞാൽ ഇഷ്ടാപൂർത്ത ദത്ത കർമ്മങ്ങൾ ചെയ്ത് സത്കർമ്മങ്ങൾ ചെയ്യുന്നവർ ചന്ദ്രലോകത്തിലെത്തി കഴിഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ചു വന്നേ തീരൂ നിയമം അത് ഉപലക്ഷണാർത്ഥം ഏത് യഥാ അതുകൊണ്ട് പോയ വഴിക്ക് തന്നെ തിരിച്ചു വരുന്നു എന്ന് പോയ വഴിക്ക് വരാം അല്ലാതെയും വരാം വ്യത്യാസം വരാം അധ ഭൗതികമാകാശം താമത് പ്രതിബദ്ധ്യന്തേ അതുകൊണ്ട് ഇതം യഥാധം ആകാശം ആകാശമായി ചന്ദ്രലോകത്ത് നിന്ന് ഭൗതിക ആകാശത്തിലേക്ക് വരുന്നു ജീവൻ ചന്ദ്രമണ്ഡല ശരീരാരംഭികസൻ താനണം ഈ തിരിച്ചു വരിക പറയുന്നത് എന്താണ് ജീവൻ അതിന് വിശദീകരിക്കുന്നു ചന്ദ്രമണ്ഡലത്തിൽ അവിടെ സൂക്ഷ്മമായ ശരീരം ലഭിക്കുന്നു ആ ശരീരം അവിടുത്തെ സുഖങ്ങൾ അനുഭവിക്കുന്നതിനു വേണ്ടിയാണ് അസുഖങ്ങൾ അനുഭവിക്കുന്ന കർമ്മങ്ങൾ ക്ഷയിക്കുമ്പോ ആ ചന്ദ്രമണ്ഡലത്തിൽ ലഭിച്ച ശരീരവും ക്ഷയിക്കുന്നു കർമ്മനിമിത്തമാണ് ശരീരം കർമ്മം ക്ഷയിച്ചാൽ ശരീരം പോകുന്നു ഘൃത സംസ്ഥാനം ഇവ അഗ്നി സംയോഗ്യത വിജീന അന്തരീക്ഷസ്ഥ ആകാശഭൂത അതാണ് ഈ എന്ന് പറയുന്നതിന്റെ താത്പര്യം കാരണം ജീവൻ സർവവ്യാപിയാണ് പ്രത്യേകിച്ചൊരു സ്ഥാനം പറയാനില്ല അത് ആകാശത്തേക്കാൾ വ്യാപകമാണ് ഇന്നലത് ചന്ദ്രമണ്ഡലത്തിൽ പോകുന്നു അവിടെ നിന്ന് ആകാശത്തിൽ വരുന്നു എന്നൊക്കെ പറഞ്ഞാലെന്താ താല്പര്യം പറയുന്നു അതാത് ലോകത്തേക്ക് യോഗ്യമായ ശരീരങ്ങൾ അതാത് ലോകത്ത് രൂപം കൊള്ളുന്നു അത്രയുള്ളൂ അതവിടെ തന്നെ പ്രാപിക്കുന്നു വിലയം പ്രാപിച്ചിട്ട് അന്തരീക്ഷ യോഗ്യമായ ആകാശയോഗ്യമായ ശരീരം വേറെ ഉണ്ടാകുന്നു അപ്പൊ പറയുന്നത് ആകാശഭൂ ആകാശത്തിലാണ് ഏതുപോലെ ഘൃത സംസ്ഥാനമോ അഗ്നിയുമൊക്കെ നെയ്യ് കട്ടുപിടിച്ചിരിക്കുന്നു അഗ്നിയുടെ സാന്നിധ്യത്തിൽ തന്നെ അത് ഒരുങ്ങി വിലയിക്കുന്നു വിലയിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് പറയുന്നു അത് ദ്രവമായി ജലമയമായി നേരത്തെ അത് ഖനീഭൂതമായിരുന്നു ഇപ്പോൾ അത് ദ്രവീഭൂതമായി ആ മാറ്റം വരുന്നത് ഈ ശരീരങ്ങൾക്ക് മാറ്റം വരും ചന്ദ്രലോകത്തിലേക്കൊരു പ്രത്യേക ശരീരം അത് വിലയിക്കുന്നു ഉടനെ ആകാശത്തിലേക്ക് യോഗ്യമായ ശരീരം വരുന്നു അന്തരീക്ഷ വായു തന്നെ വായു ലോകത്തിന് സംഭവിക്കുന്നു അതിന് യോഗ്യമായ ശരീരം വരുന്നു മറ്റു ശരീരം വിലയിച്ചു പോകുന്നു വായുപ്രതിഷ്ഠ വായുഭൂത വിതശ അമുതമാന സ്ഥാവി സഹക്ഷിണകർമ്മ വായുഭൂതഭൂതി അപ്പോൾ അത് വായുഭൂതൻ വായുമയനായിത്തീരുന്നു വായവീയമായ ശരീരത്തെ പ്രാപിക്കുന്നു അവിടെ ആ ഒരു ശരീരം കിട്ടുമ്പോൾ വായുലോകത്തിലാണെന്ന് പറയുന്നു ആ വായുവിൻ്റെ പ്രത്യേകത എന്താണത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഈ ജീവനും അവിടെ ഇതസ്ഥ മുഖ്യമാണ് അങ്ങനെ ചുറ്റിക്കറങ്ങി അവിടെയും ഇതെല്ലാം കർമ്മനിമിത്തമാണ് ഈ ശരീരങ്ങൾ ആ ശരീരത്തിനുള്ള കർമ്മം ക്ഷയിക്കുമ്പോ അവിടെയും വരുന്നു വയർഭൂത്വ തോ ധൂമഭൂതി ധൂമയമായ ശരീരം എന്ന് വെച്ചാൽ വായുമണ്ഡലമുള്ളൊരു ഉപരിയാണ് അതിന് താഴെയുള്ള ഒരു മണ്ഡലത്തെയാണ് ധൂമമണ്ഡലം എന്ന് പറയുന്നത് ആ ധൂമണ്ഡലത്തിൽ തത് അനുയോജ്യമായ ശരീരമായി തീരുന്നു ധൂമഭൂത്വ അഭ്രം അഭരണമാത്രം ഒരു അത് കഴിഞ്ഞ് അഭ്രമണ്ഡലത്തിലെത്തിച്ചേരുന്നു ജലീയമായ കൂടുതൽ സ്ഥൂലമായോ കൂടുതൽ കൂടുതൽ സ്ഥൂലമായ ശരീരത്തെ സ്വീകരിക്കുന്നു ജലമയമായ ശരീരത്തെ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ ജലമയമായ ലോകത്തിന് യുക്തമായ ശരീരത്തെ സ്വീകരിക്കുന്നു ആ ജീവനിൽ വരുന്ന ഈ ശരീരമാറ്റം അതാണ് ജീവന്റെ ഗതി സഞ്ചാരം എന്ന് പറയുന്നു മാറുന്നതിനനുസരിച്ച് സഞ്ചരിക്കുന്നു അഭ്രംഭൂത്വ തഥാ സേചന സമർത്വം മേഘോഭൂതി അവിടെ മേഘമായി തീരുന്നു മേഘോഭൂത്വ ഉന്നതീഷു പ്രദേശേഷു അഥാ പ്രവർഷതി ജീവന്റെ ബാഹ്യമായ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ അനുസരിച്ചാണ് പറയുന്നത് ഇത് സഞ്ചരിക്കുന്നു ഓരോ ഭൂതങ്ങൾക്കനുസരിച്ച് പ്രത്യേക ശരീരം ആ ജീവിതത്തിൽ ജീവനിൽ രൂപപ്പെടുമ്പോൾ അത് വേറെ ലോകത്തിൽ നിന്നും മറ്റൊരു ലോകത്തിലേക്ക് മാറി പറയുന്നു അങ്ങനെ അവസാനം വൃഷ്ടിരൂപത്തിലായിത്തീരുന്നു വൃഷ്ടിമയമായ ശരീരത്തോടു കൂടി ഭൂമിയിലേക്ക് വരുന്നു അത് പർവ്വത പ്രദേശത്ത് വർഷിക്കുന്നു വർഷധാരൂപേണ ശേഷകർമ്മ പദ്ധതി അങ്ങനെ ഭൂമിയിലേക്ക് വരുന്നു ഭൂമിയിൽ വന്ന് വീണ്ടും മനുഷ്യരൂപത്തെ സ്വീകരിക്കുന്നു അതിനുവേണ്ടിട്ടാണ് ഔഷധ വനസ്പതിലമാഷ ഇവ പ്രകാര ഭൂമിയിൽ വന്നാലോ നേരിട്ടത് പുരുഷനിൽ പ്രവേശിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് നല്ല ധന്യങ്ങളായി സസ്യങ്ങളായി ഓഷധി വനസ്പതികളായി തിലമാഷ കാണുന്ന അനന്തമായ സസ്യ സമൂഹമായിട്ടത് മാറുന്നു അതിലേക്ക് പ്രവേശിക്കുന്നു ശരീരത്തെ അത് സ്വീകരിക്കുന്നു ക്ഷീണകർമ്മ അനേകത്വ ബഹുനന്ദ്രേ സഹ ഇതനന്താണ് ജീവന്മാരെ അനാദികാലമായി ഈ സംസാരചക്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അനന്ത ജീവന്മാർ ചന്ദ്രലോകത്തിലേക്ക് പോകുന്നു അവിടെ ശരീരം സ്വീകരിക്കുന്നു അവിടെ ഒന്ന് വരുന്നു ഈ നാനാസ്യ ധാന്യസസ്യ ിലേക്കത് പ്രവേശിക്കുന്നു ആ ശരീരത്തെ സ്വീകരിക്കുന്നു എന്നുവെച്ചാൽ അതെല്ലാം ജീവനുള്ളവയാണ് പറഞ്ഞ എല്ലാത്തിനും ദേവതാ അധിഷ്ഠാനമുള്ളവയാണ് ഈ ഭൂതങ്ങളുമെല്ലാം പക്ഷെ അതിലെല്ലാം ഇത് ഈ ജീവൻ അതിലേക്ക് കിടക്കുന്നു ആ ശരീരത്തെ തന്നെ ശരീരമാക്കുന്നു മേഘാദിഷു പൂർവേഷു ഏകരൂപത്വ ദേകവിദന നിർദ്ദേശം ഏകവിജനത്തിന് ഉദ്ദേശിച്ചു ഇവിടെ ബഹുദിനത്തെ നിർദ്ദേശിച്ചത് അതിനൊരു ഏകതയുണ്ട് സസ്യങ്ങൾ നാനാ രീതിയിലാണ് ആകാശം ഒന്നാണ് വ്യത്യാസമുള്ളത് കൊണ്ട് ഇവിടെ ബഹുദിനത്തിൽ പറഞ്ഞൊന്നാണ് യസ്മാ ഗിരി നദി സമുദ്ര അരണ്യ മരു ദേശവാദി സന് വർഷധാരാവിപ്പതിത്താനാ ഇതെവിടെയാ ഈ ജീവൻ വരുന്നത് ഒരു നിശ്ചയമില്ല അത് പർവ്വതത്തിലാകാം തീരപ്രദേശങ്ങളിലാകാം വലിയ കിടങ്ങുകളിലാകാം നദിയിൽ വരാം സമുദ്രത്തിൽ വരാം വനത്തിൽ വരാം പർവ്വത ശിഖരങ്ങളിൽ വരാം ഇങ്ങനെ ജീവന് ഭൂമിയിലേക്ക് പ്രവേശിക്കാനുള്ള ഇടങ്ങൾ അനന്തമാ എന്തുകൊണ്ട് ഈ വർഷധാരയിലൂടെ വരുമ്പോൾ അത് സർവത്രമില്ല അത് തസ്മു ദുർനിഷ്പ്രനം ദുർനിഷ് ദുർനിസ്സരണം എന്നിട്ടത് തിരിച്ച് ആ മനുഷ്യ ശരീരത്തിലേക്ക് കടന്നു വരിക എന്ന് പറയുന്ന എളുപ്പമുള്ള കാര്യമുണ്ട് കാരണം ഇത് ഭൂമിയിൽ വ്യാപകമായി പോവുകയാണ് അതുകൊണ്ട് മന്ത്രം പറയുന്നു അതോ വൈകലോ ദുർ നിഷ്പ്രപതരം ഇതിന് ആ രൂപത്തെ വിട്ട് മനുഷ്യ പുരുഷന്റെ ശരീരത്തിലേക്ക് കടക്കുക ഇതിനെ വിടുക എന്ന് പറയുന്ന എളുപ്പമുള്ള അതാണ് സംസാരം സംസാര ചക്രം എന്ന് പറയുന്നത് എളുപ്പ ഇവിടെ നിന്ന് വിടാൻ അതിന് കഴിയത്തില്ല ഇതോ ഗീതി നദീ ഹിപ്രനുന്ദി തോ മകരാധികൃ ഭക്ഷ്യ ഭൂമിയിൽ പതിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും ജലത്തിലാണ് ആ ജീവൻ ജലമെന്നുള്ള ഒരു മാധ്യമത്തിലൂടെയാണ് ഭൂമിയിൽ പതിക്കുന്നത് ഇത് എല്ലാ ജീവന്മാരെ കുറിച്ചും പറയുന്നതല്ല ഇഷ്ടപൂർത്ത കർമ്മങ്ങളെ കുറിച്ച് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരെ കുറിച്ച് പറയും സർവജീവന്മാർക്കും ഇങ്ങനെയല്ല ഗതി എല്ലാ ജീവനും മരിച്ചു കഴിഞ്ഞാൽ ചന്ദ്രലോകത്തിൽ പോയി തിരിച്ച് ഭൂമി വരുന്നില്ല ഈ സ്രോതസ്മാർത്ത കർമ്മങ്ങൾ ചെയ്യുന്നവർ അവരെന്ത് ചെയ്യുന്നു പർവ്വതത്തില് തീരപ്രദേശത്ത് മരുഭൂമിയിൽ എവിടെയും ഇല്ല ഉദകസ്രോതസ് അവിടെയുള്ള ചെറിയ ീരൊഴുക്കുകളിലൂടെ നദി പ്രാപിക്കുന്നുണ്ട് നദിയെ പ്രാപിക്കുന്നു തഥ സമുദ്രം അത് കഴിഞ്ഞ് സമുദ്രത്തെ തഥോ മകരാധികൾ ഭക്ഷ്യ അവിടെ നിന്ന് പിന്നെ മത്സ്യ മത്സ്യത്തിന്റെ ഉള്ളു മത്സ്യങ്ങളും മറ്റും ഭക്ഷിക്കുന്നു തേപ്പ്യന്യേന ഒരു മത്സ്യം ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഉടനെ അതിനെ മറ്റത് ഭക്ഷിക്കുന്നു അതിനെ മറ്റത് ഭക്ഷിക്കുന്നു പരസ്പരം ഭക്ഷിക്കുന്ന ആ ജീവികളുടെ ഉള്ളിലേക്ക് ഇത് പ്രവേശിക്കുന്നു തത്രയും വെച്ച് അസഹമകരീന സമുദ്ര വിലീന അങ്ങനെ പല മത്സ്യങ്ങളുടെ ഉള്ളിലാകുന്നു അവിടെ വെച്ച് ആ മത്സ്യം എന്താണോ നശിക്കുന്നു അത് വിലയിക്കുന്നു ജലത്തിൽ അതിൻ്റെ ശരീരം മാംസം ദ്രവിച്ച് സമുദ്രത്തിൽ വിലയിക്കുന്നു അവ ജീവനും വീണ്ടും ജലത്തിലാകുന്നു മത്സ്യത്തിന്റെ ശരീരത്തിൽ നിന്ന് വീണ്ടും ജലത്തിലേക്ക് പോകുന്നു സമുദ്ര അംബോർ ജലധരി തന്നെ വരുന്നു വന്നുകഴിഞ്ഞാലോ സമുദ്ര അംബോഭിർ ജലധര മേഘരൂപത്തിൽ മേഘങ്ങളാൽ ആകർഷിക്കപ്പെട്ടെന്ന് പറയുന്നതാണ് മേഘത്തിലൂടെ പുനർവർഷധാരർ വീണ്ടും മേളിപ്പോകുന്നു വീണ്ടും വർഷമാകുന്നു മേഘരൂപത്തിൽ ആകാശത്ത് പോയി വീണ്ടും മഴയായി വീണ്ടും പഴയതുപോലെ വീണ്ടും പർവ്വതത്തിലോ ശിലാത്തടത്തിലോ ആരണ്യം മനുഷ്യന് കിടക്കാൻ കഴിയാത്ത പർവ്വതങ്ങളിലോ പലിതാഹ തിഷ്ടന്തി കഥാചി വ്യാഴമൃഗാദി പീത ഭക്ഷിത അന്യഹി അവിടെ വീണ്ടും ചെന്ന് സസ്യങ്ങളോ മറ്റോ ആകും ചിലപ്പോ ജലമായ വീണ്ടും സമുദ്രത്തിലേക്ക് പോകാം അവിടെ വീണ്ടും ഇത് സംഭവിച്ച് വീണ്ടും വരാം ഇതിങ്ങനെ അനന്തകാലം ഇത് ആവർത്തിക്കാം അങ്ങനെ ഇരിക്കുമ്പോൾ ചില സമയം വ്യാഴമൃഗാദിപീതാഹ അവിടെ സസ്യങ്ങളായിട്ടാണ് സസ്യങ്ങളിൽ പ്രവേശിക്കുകയാണെങ്കിൽ സമുദ്രത്തിൽ എത്തുന്നില്ല സസ്യങ്ങളിൽ പ്രവേശിക്കുകയാണെങ്കിൽ ജീവികൾ ഭക്ഷിക്കും അല്ലെങ്കിൽ ജീവികളിൽ ഭക്ഷിച്ചു കഴിഞ്ഞാൽ തവളയുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ അതിന് പാമ്പ് ഭക്ഷിക്കും പുല്ലിൻ്റെ രൂപത്തിലായി കഴിഞ്ഞാൽ മാന് ഭക്ഷിക്കും അത് പിന്നെ ചിലപ്പോൾ ജലം കുടിച്ച് ഏതെങ്കിലും പ്രാണികളുടെ ഉള്ളിൽ പോകാം പീതാ ഭക്ഷിതാവസ്ഥ അന്യേഹി മറ്റ് പ്രാണികൾ തിന്നും വീണ്ടും അവയുടെ ശരീരത്തിൽ പ്രവേശിക്കേഹി അവിടെ നിൽക്കാൻ പറ്റൂ മറ്റു ജീവികൾ പിടിച്ചതിന് ഇപ്പോൾ ജീവൻ എന്തായി വീണ്ടും ശരീരങ്ങളിൽ പ്രവേശിക്കുന്നു ഇത്യവും പ്രകാര പരിവർത്തേരൻ ഇത്തരത്തിൽ ഇതിങ്ങനെ പരിവർത്തനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു അനേക അനന്തമായ ജന്മങ്ങളിൽ ഇതിൻ്റെ ഈ കറക്കം ഇനി ഒരു ജീവിയിൽ നിന്നും മറ്റൊരു ജീവിയിലേക്ക് ഈ ജീവൻ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു കഥാകി അപക്ഷേഷ സ്ഥാപനേഷ ജാത തക്രയവ ക്ഷ്യയോഗ്യമല്ലാത്ത എന്തെങ്കിലും ആണത് പ്രവേശിക്കുന്നതെങ്കിൽ പിന്നെ അവിടെ തന്നെ ഇരുന്ന് അത് നശിച്ചു പോകും അങ്ങനെ സംഭവിക്കുക ഭൂമിയിലുള്ള എല്ലാം ഭക്ഷ്യയോഗ്യമല്ല ഭക്ഷ്യയോഗ്യമല്ലാത്ത ഒന്നും ജലരൂപത്തിൽ അത് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് നശിക്കുന്നതോടുകൂടി അത് നശിക്കുന്നു ഭക്ഷ്യശ്രീ സ്ഥാപന ദുർലഭ ബഹുത്വ സ്ഥാവരാണിത്യതോ ദുർനിഷ്ക്രമണത്വം ശരിക്കും ഈ ജീവൻ പുരുഷനിലൂടെ സ്ത്രീയിൽ പ്രവേശിക്കും പിന്നീ ഭക്ഷ്യയോഗ്യമായ ജീവനിൽ തന്നെ വന്നുകഴിഞ്ഞാൽ അത് ഭക്ഷിക്കുന്നത് പുരുഷനാകട്ടെ അത് വളരെ ദുർലഭമാണ് എന്തുകൊണ്ട് ബഹുത്വ സ്ഥാവരാണ ഇവിടെ സ്ഥാപനങ്ങൾ വളരെ അതുകൊണ്ട് അതിൽ നിന്ന് നിഷ്ക്രമിക്കുക ആ ജീവൻ തന്റെ ആ അവസ്ഥകളിൽ നിന്നും മാറി പുരുഷ വന്ന് രേതസായി സ്ത്രീയിൽ പ്രവേശിക്കുക എന്ന് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അഥവാ ഭാവ ദുർനിഷ്പ്രപതരം ദുർനിർഗമതരം ഈ ബ്രീഹിയവാദി പുറത്തു വരികനിലെത്തിയത് എളുപ്പമുള്ള കാര്യമല്ല ഒരു തകാരിൽ ലഭിച്ചിരിക്കുകയാണ് ഷ്പ്രഭതരം യുവാദി ഭാവത്തിൽ നിന്ന് വിട്ടുപോവുക എന്ന് പറയുന്ന പ്രയാസം അതുകൊണ്ട് തന്നെ പുരുഷനുമായിട്ടുള്ള ബന്ധം അതും വളരെ പ്രയാസമാണ് അന്തരാളേ ശീത പറയുന്ന ഇത് ജീവനായി വീണ്ടും ജനിക്കട്ടെ ജീവനായി സ്ത്രീ നിന്ന് ജനിക്കണം ജനിക്കണമെങ്കിൽ ആദ്യം പുരുഷന് പ്രവേശിക്കണം പക്ഷേ ഇനി പുരുഷൻ തന്നെ ഈ സസ്യങ്ങൾ ഭക്ഷിച്ചോ ജലം കുടിച്ചോ പുരുഷൻ വന്നു എന്നിരിക്കട്ടെ ഒന്നാൽ തന്നെ ഊർധ്വര ബ്രഹ്മചാരിയാണ് ബാലന്മാരാണ് സ്ത്രീകളാണ് വൃദ്ധന്മാരാണ് ഇവരെല്ലാം ഭക്ഷിച്ചു കഴിഞ്ഞാൽ അന്തരാളി ജയൻ്റെ വീണ്ടും അത് അവിടെ അവസാനിക്കുന്നു വീണ്ടും അതിന് ജന്മം കിട്ടാതെ വരുന്നു ാണ് ഈ സത്കർമ്മം ചെയ്ത് ചന്ദ്രലോകിലെത്തിയ ഒരു ജീവൻ തിരിച്ചൊരു എത്തിച്ചേരുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ് കഥാചിത് കക താനീയ വൃത്തിയാ രേഖസിർഭക്ഷ്യന്തി യഥാ തഥാ രേഖ ഭാവം കഥാനാം കർമ്മണോ വരുത്തി ലാഭ അതുകൊണ്ട് യാദർച്ഛ്യമായി അതാണ് എന്ന് പറയുന്നത് കാക്ക താലീയ കാക്കയും വന്നോ പനമ്പഴവും വീണു എന്ന് പറയുന്നത് കാക്ക വന്നതും അത് പലതരത്തിൽ പറയും ഒരു കാക്ക വന്നൊരു പനയുടെ ചുവട്ടി വന്നിരുന്നു ഒരു പനയിൽ നിന്നൊരു പനം തേങ്ങ വീണ് കാക്ക ചത്തുപൂശ് അപ്പോ എന്താ ആ കാക്ക വരുന്നതിനു വേണ്ടി ഈ പനംപഴം അത് കാത്തിരുന്നു അതോ കാക്ക ഈ പനമ്പഴം വീഴുന്ന സമയം നോക്കി അവിടെ എത്തിയതാണോ എപ്പോഴാണോ പനംപഴം വീഴുന്ന അപ്പോ അതിന്റെ ചോട്ടിച്ചെന്ന് ചാകാം എന്ന് പറഞ്ഞ് കാക്ക വന്നതാണോ അതോ പനമ്പഴം വീഴാൻ നോക്കിയിരുന്നു ഇപ്പൊ കാക്ക വരും അപ്പോ അതിന്റെ തല വീഴണം ഇത് രണ്ടും നിർണ്ണയിക്കാൻ വേണ്ടി എങ്ങനെ ഇത് സംഭവിച്ചു ഇതിനൊരു ഉത്തരങ്ങൾ ഇതിനൊരു സമാധാനം പറയാൻ പറ്റൂല ഇതാരും തീരുമാനിച്ചതാണ് കാക്ക തീരുമാനിച്ചതാണോ അതോ പനമ്പഴൻ തീരുമാനിച്ചു രണ്ടും കൂടി ഒരുമിച്ചപ്പോൾ എന്ത് പനമ്പഴം താഴെ വന്നു കാക്ക ചാകുകയും ചെയ്തു ഇതിനൊന്ന് കാക്കതാലീയന്യായ ഈ രണ്ട് സംഭവങ്ങളും എങ്ങനെ ഒരുമിച്ചു കൃത്യമായി കാക്ക താഴെ കൃത്യസമയത്ത് പനമ്പ് വീണു രണ്ടുകൂടെ ചേർന്ന് സംഭവിച്ചു കാക്കം മരിച്ചുപോയി ഇതെങ്ങനെ സംഭവിക്കുന്നു വീണ പറയുന്നത് യാദർശ്യം പ്രത്യേകിച്ച് ഇവർ രണ്ടുപേരും തീരുമാനിച്ചല്ല രണ്ടുപേർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല എങ്ങനെയോ അത് സംഭവിച്ചു പനം വീണം കാക്കം മരിക്കും അതുപോലെ വളരെ യാദൃശ്യവുമായി ഒരു കണക്കൂട്ടിലും ഇല്ല എങ്ങനെയോ എന്താണ് പുരുഷനും യോഗ്യനായ പുരുഷൻ അത് ഭക്ഷിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു ഉടനെ ആ കർമ്മം പ്രവർത്തിച്ചു കൊടുക്കുന്നു അതുപോലെ കർമ്മസുക്തമായിരിക്കണ ആ ജീവൻ ഈ അനന്തമായ ഭാവമാറ്റം നിന്ന് ഭൂമിയിൽ ഈ മാറ്റങ്ങളിൽ അനേകം അനന്തമായ ശരീരങ്ങളെ സ്വീകരിച്ചപ്പോൾ കർമ്മം ഉറങ്ങിക്കിടക്കുകയായിരുന്നു ഇവിടെ എപ്പോഴാണോ യോഗ്യനായ ഒരു പുരുഷൻ അത് ഭക്ഷിച്ചത് കർമ്മണോ പൂർത്തി താപ അപ്പോൾ എന്ത് ചെയ്യുന്നു കർമ്മം ഫലം കൊടുക്കാൻ തയ്യാറാവുന്നു ഉടനെന്ത് ഒരു ശിശുവായ രൂപം കൊള്ളുന്നു കഥം യോയുഹി അന്നം അതി അനുശൈി സംസൃഷ്ടം ഏർത്തുകാലേ യോഷത്തി തദ്വൃതിരേവതി എന്നിട്ട് യാദൃശികമായി ഒരു പുരുഷൻ പ്രവേശിച്ചു അത് രേതസ്സായി യോഗ്യമായ സമയത്ത് ഒരു സ്ത്രീയിൽ പ്രവേശിച്ചു അല്ലെങ്കിൽ അവിടെ അത് നഷ്ടപ്പെട്ടുവോ അതൊരു ശിശുവായി ജനിക്കുന്നു എങ്ങനെ തഥാവേവ ആകൃതി ഭൂയസ്തും എങ്ങനെയാണോ പുരുഷൻ ആ പുരുഷാകൃതി സ്ത്രീ ശിശുവായി ജനിക്കുന്നു അതാണ് അവര് ജീവന്റെ ഗവിധി ഗർഭാശയെ അന്തോ അനുശയി ഗർഭാശയത്തിൽ ഒരു ശിശുവായി ജനിക്കുന്നു രേതസോ രേതസിൽ പുരുഷൻ പുരുഷാകൃതിയെ ഭാവിക്കുന്നു സർവേഭ്യോ അംഗഭ്യു തേജസംഭൂതം എന്തുകൊണ്ട് അത് പുരുഷന്റെ ആകൃതിയെ പ്രാപിക്കുന്നു കാരണം ആ ശിശുവിന്റെ ജന്മത്തിന് പുരുഷന്റെ ജീവൻ മാത്രമല്ല പുരുഷന്റെ സർവ അംഗങ്ങളിൽ നിന്നുള്ള തേജസ്സും അതിന് കാരണമാണ് അതുകൊണ്ട് പുരുഷന്റെ ആകൃതിയെ പ്രാപിക്കുന്നു അത് രേത ആകൃതിരേവഭവതി അതുകൊണ്ട് പുരുഷ ആകൃതിയിലാണ് എല്ലാ ജീവികളിലും പുരുഷാകൃതിയിലാണ് സന്താനങ്ങളുണ്ടാകുന്നത് അതിനു കാരണം ശരീരാകൃതിയാണ് ഉദ്ദേശിക്കുന്നത് അതിന് കാരണം എന്താണ് ആ ജീവൻ ദീർഘകാലം ദീർഘദൂരം സഞ്ചരിച്ച് പുരുഷനിലൂടെ സ്ത്രീയിൽ പ്രവേശിക്കുമ്പോൾ ആ സൃഷ്ടിക്ക് പുരുഷന്റെ തേജസ്സും കാരണമാണ് അതുകൊണ്ട് തഥാ ഹീ പുരുഷ പുരുഷോ ജാതിരേത്യന്തരാകൃതി തസ്മാ യുക്തം തദ്ദേ പുരുഷനിൽ നിന്നും മനുഷ്യൽ നിന്നും മനുഷ്യൻ പശുവിൽ നിന്നും പശു അതേ ആകൃതി ആനയുന്നൂപത്തിൽ വീണ്ടും അവൻ ജനിക്കുന്നു ഏത് അന്യനുശേ ചന്ദ്രമണ്ഡലം അനരുവാദിഭാവം പ്രതിപദ് പുനർമനുഷ്യാതിഭാവം അനുശൈനമിവർനിഷ്പ്രപതരം പറയുന്നു ഇവിടെ അനിശയിൽ പോയിട്ട് തിരിച്ചു വരുന്നവർ അവരോട് അനിശൈകളെന്ന് പറയുന്നു ചന്ദ്രമണ്ഡലത്തിൽ പോയി തിരിച്ചു വരുന്ന ജീവന്മാരാണ് അനുശൈകൾ അതല്ലാതെയുമുണ്ടല്ലോ ചന്ദ്രമണ്ഡലം അനാരുഹ്യവ ചന്ദ്രമണ്ഡലത്തെ പ്രാപിക്കുന്നില്ല പിന്നെ പാപകർമ്മ ഭീ ഘോര ഇവിടെ മനുഷ്യരായിരുന്നു കൊണ്ട് ഘോരമായ പാപകർമ്മങ്ങൾ ചെയ്യുന്നവർ കർമ്മത്തിനനുസരിച്ച് വ്രീഹിയവാദി ഭാവം പ്രതിബദ്ധ്യന്റെ വ്രീഹിയവാദി ഭാവത്തെ പ്രാപിക്കുന്നു ആരോഗ്യത്തെ പ്രാപിക്കുന്നു പുനർ മനുഷ്യ അവർക്ക് പിന്നെ അവർ മനുഷ്യരാകുക എന്ന് പറയുന്ന ഇതുപോലെ ബുദ്ധിമുട്ടുള്ള കാര്യമില്ലാന്ന് ഇത്രയും ബുദ്ധിമുട്ടില്ല ഈ ചന്ദ്രമണ്ഡലത്തിൽ പോയി മുടങ്ങി വരുന്നത് പോലെയുള്ള ഇത്രയും യാദൃച്ഛികതാ അതാണ് അവർ ദുഷ്കർമ്മങ്ങൾ ചെയ്ത് ഗൃഹ്യാതിഭാവത്തെ പ്രാപിക്കുമ്പോൾ അവർ ചെയ്ത കർമ്മത്തിന്റെ ഫലം അവിടെ അനുഭവിച്ചു തീരുന്നു തീർന്നു കഴിഞ്ഞാൽ മുമ്പുള്ള കർമ്മങ്ങൾക്കനുസരിച്ച് അവർക്ക് മനുഷ്യരൂപത്തെ കിട്ടും അതിനുള്ള കർമ്മം ഉണ്ടെങ്കിൽ ഇത്രയും കഷ്ടമില്ലാന്നാൽ കസ്മാ കർമ്മണാ ഹി തതുപഭോഗനിത്തേ ഗൃഹാതി സ്തംഭദേഹവിനാശേ യഥാർമാർജിതദേഹാന് നവം നവം ജൂൂഗാവത്സം സവിജ്ഞാന സവിജ്ഞാനോ സവിജ്ഞാന അന്നവക്രാമതി ശ്രീന്തിര എന്തുകൊണ്ടത് അവർക്ക് എളുപ്പമാണെന്ന് പറഞ്ഞു കർമ്മാഹിതൈർഗ്രീവാദിദേഹ ഉപാത്ത അവർ ചെയ്ത മനുഷ്യജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് ഈ സസ്യ ശരീരം കിട്ടിയത് നല്ലോ ബോധം ബോക്കെയായി മാറിയത് അങ്ങനെയായിട്ട് തത് ഉപഭോഗ നിമിത്തക്ഷയി പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ആ കർമ്മഫലം അവിടെ അനുഭവിക്കുക അവിടെ കർമ്മമില്ല അവിടെ ഇരുന്ന സത്കർമ്മം ചെയ്യാനോ നിഷ്കർമ്മം ചെയ്യാനോ ഈശ്വരനെ ഭജിക്കാനോ സാധ്യമല്ല ഉപഭോഗ നിമിത്തക്ഷയം ആ അനുഭവത്തിന് നിമിത്തമായ കർമ്മം ക്ഷയിക്കണം അതെന്ത് ചെയ്യും ആ ജന്മത്തിന് ക്ഷയിക്കും വേറൊന്നും ഇല്ല അവള് ജന്മം കൊണ്ട് കർമ്മം ക്ഷയിക്കുക എന്ത് കർമ്മം ജന്മത്തിന് നിമിത്തമായ കർമ്മം ആ ജീവിക്ക് ഗൃഹീയവാദികൾക്ക് ഒരു ആയുസ് ഉണ്ട് എത്രയാണോ എൻ്റെ ആയുസ് അത് ഇല്ലാതാവുമ്പോൾ ആ കർമ്മം ക്ഷയിക്കുന്നു അവ നശിക്കുമ്പോൾ അതിന് പശുവോ മറ്റോ തിന്നോ അല്ലെങ്കിൽ അത് ജലം കിട്ടാതെ ഉണങ്ങിയോ അറിഞ്ഞിട്ട് ആരെങ്കിലും അതിനെ നശിപ്പിച്ചോ ഏതെങ്കിലും തരത്തിൽ ആ വ്രീഹി യോഗാദി ഭാവം നശിക്കുമ്പോൾ ആ കർമ്മം ക്ഷയിച്ചു സ്തംഭ ദേഹവിനാശ്രീഹി തുടങ്ങിയ പുല്ല് ആ ദേഹം സ്തംഭം പുല്ല് ആ ദേഹം നശിക്കുമ്പോൾ യഥാകർമാർജിതം ദേഹാന്തരം നവം നവം എന്ത് ചെയ്യുന്നു ിയുണ്ടൊരു ജന്മം വീണ്ടും പുല്ലായി ജനിക്കണം വീണ്ടും ഒരു ജന്മം ഉണ്ട് വൃക്ഷമായി ജനിക്കണം അങ്ങനെ ശേഷിക്കുന്നുണ്ടെങ്കിൽ അല്ല ഇനിയൊരു മൃഗമായി ജനിക്കണം അല്ലെങ്കിൽ ഇനി ഒരു മനുഷ്യനായിരിക്കണം എന്ന് വന്നു കഴിഞ്ഞാൽ ജളൂക്കാവ് അവിടെയാണ് ജളൂക ദൃഷ്ടാന്തം കൊടുക്കുന്നത് സർവത്രം മരിക്കുന്നിടത്തല്ല ജളൂക എന്ന് പറയുന്നത് പുല്ലിലിരിക്കുന്ന ഒരു തരം നമ്മൾ സാധാരണ അത് നീളമുള്ള ഒരു പുഴുവാണ് അതിൻ്റെ മധ്യഭാഗം മുകളിലോട്ട് വളഞ്ഞാണ് സഞ്ചരിക്കുന്നത് ഒരു പുല്ലിൽ നിന്നും അല്ലെങ്കിൽ ഇലയിൽ നിന്നും സമീപത്തുള്ള ഒരു ഇലയിലേക്ക് അതിന് സഞ്ചരിക്കണമെങ്കിൽ അടുത്തുള്ള ഒരു ഇലയിലേക്ക് എന്ത് ചെയ്യുന്നു അത് അതിൻ്റെ ഒരു ഭാഗം ചുവടു ഭാഗം ഒരലയിൽ ഉറപ്പിക്കുന്നു എന്നിട്ടത് അതിൻ്റെ നടുഭാഗം വളക്കിയും നിവൃത്തിയും ചെയ്ത് മറ്റേ ഭാഗം അടുത്ത ഇലയിൽ ഉറപ്പിക്കുന്നു എന്നിട്ടിപ്പോൾ അതൊക്കെ മറ്റേ ഭാഗം അവിടെ നിന്ന് വിടർത്തിയെടുത്ത് ആ ഇലയിൽ വയ്ക്കുന്നു ഇങ്ങനെ അകല വയ്ക്കുന്ന വസ്തുക്കളിപ്പോൾ സഞ്ചരിക്കുന്നു അതിൻ്റെ അനുസരിച്ച് എത്ര നീളം അതിനനുസരിച്ചുള്ള ദൂരത്തിലേക്ക് അതിന് സഞ്ചരിക്കാൻ കഴിയുന്നു ജലൂത അതുപോലെ ഈ ജീവൻ സവിജ്ഞ അതിനുള്ള ബോധം ആ ബോധം വാസനാരൂപത്തിലുള്ള ബോധം ആ ബോധം കൊണ്ട് അത് പറയും വാസനാരൂപത്തിലുള്ള ബോധം എന്ന് പറയും പിന്നെ ഇപ്പോൾ ഉള്ളതുപോലെയുള്ള ബോധം ജലൂതാ ദൃഷ്ടാന്തം ആ സഞ്ചാരത്തിന് വേണ്ടിയിട്ടാണ് സഞ്ചാരത്തിന് മാത്രം ഉപകരിക്കുന്നവര് ചൈതന്യമേ അങ്ങ് ഉള്ളു അല്ലാതെ ഇതിപ്പോ മനുഷ്യന്റെ ബോധമൊന്നും അതിൻ്റെ അതുപോലെ സവിജ്ഞാനോഭൂതി വാസനാരൂപത്തിലുള്ള വിജ്ഞാനം എന്ന് തന്നെ പറയും അതുകൊണ്ട് ആ ബ്രീഹിയവാദി ഭാവം അത് അല്ലെങ്കിൽ നശിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അത് പതുക്കെ അതിൽ നിന്ന് വേറെ നിലയ്ക്ക് പ്രവേശിക്കുന്നു ഇതിനെ വീണ്ടും അതിൻ്റെ നാശം വരുമ്പോൾ വേറെ നിലയ്ക്ക് പ്രവേശിക്കുന്നു അങ്ങനെ ഒന്നിനെ വിട്ടു മാത്രം ഒന്നിനെ സ്വീകരിച്ച് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു സവിജ്ഞാന ഭഗവതി സവിജ്ഞാനം ഈഷ്ടാന്തം തുടരുന്ന സർവ്വ ജീവന്മാരും അങ്ങനെ സഞ്ചരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്ത് വ്രീഹിയതാവാദി ഭാവത്തെ പ്രാപിച്ചവര് പിന്നീട് മനുഷ്യജന്മം വരുന്നതുവരെ ഈ തരത്തിൽ വേറെ ശരീരത്തെ സ്വീകരിച്ച് സ്വീകരിച്ചു പോകുന്നു എന്നാണ് അല്ലാതെ എല്ലാ ജീവന്മാരും മരിച്ച ഉടനെ വേറെ ശരീരത്ത് സ്വീകരിച്ചിട്ട് ഈ ശരീരം വിടുന്നു എന്നുള്ള അർത്ഥത്തിലുണ്ട് അങ്ങനെയൊന്നും സംഭവിക്കണമെന്നല്ലാതെ കർമ്മത്തിന്റെ ഇതനുസരിച്ചിട്ടാണ് പക്ഷെ ഇവിടെ അങ്ങനെയാണ് സംഭവിക്കുന്നത് ഉപസംഹൃത കർണാസന്ധ ദേഹാന്തരം ഗച്ചി തഥാപി സ്വപ്ന ദേഹാന്തര പ്രാപ്തി നിമിത്ത കർമ്മ ഉദ്ഭാവിത വാസനാജ്ഞാന സവിജ്ഞാനവ ദേഹാന്തരം കെച്ചന്തി പറയുന്നുങ്ങനെ സവിജ്ഞാന വിജ്ഞാനത്തോടുകൂടി ഉണർന്നാണ് സഞ്ചരിക്കുന്നത് ഒരു ശരീരത്തിൻ്റെ നാശത്തിൽ ആ ജീവൻ എങ്ങനെ ഉണർന്ന് സഞ്ചരിക്കും അങ്ങനെ ഉണരാൻ കഴിയില്ല എന്തുകൊണ്ട് ഉപ്പസംഹൃത കർണാഹ അതിൻ്റെ ഇന്ദ്രിയങ്ങൾ മനസ്സ് ഇതെല്ലാം ജീവനിലൂടെ ഏകീഭവിച്ചിരിക്കുകയാണ് വിനയിച്ചിരിക്കുകയാണ് ഇതെല്ലാം ഉണർന്ന് പ്രവർത്തിക്കാതെ ഉണർന്നങ്ങനെ പറയാൻ പറ്റും എന്നാ അങ്ങനെയാ കാരണം അതെല്ലാം വിലയിക്കുന്നു എന്നെന്തോണ്ട് പറയുന്നു ആ ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ഈ ശരീരത്തിൽ ഇന്ദ്രിയങ്ങളും മറ്റും പ്രവർത്തിക്കുമ്പോഴേ ഒരു ജീവനും ജനനം മരണം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നുണ്ട് ഇത് ഇരുന്നുകൊണ്ട് പറയും ഞാൻ ജനിച്ചു ഞാൻ മരിക്കും മരിച്ചതിന് ശേഷം ഇന്നതൊക്കെ സംഭവിക്കും അത് ലൂഹത്തെ പോലെ സഞ്ചരിക്കും അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സഞ്ചരിക്കുന്നതൊക്കെ ഈ ശരീരത്തിൽ എപ്പോ ഈ കർണങ്ങളെല്ലാം ഉണർന്നിരിക്കുമ്പോഴേ ഇതെല്ലാം പറയാൻ പറ്റും എപ്പോഴാണോ ഈ കർണങ്ങൾ ഉപസംഹരിക്കപ്പെടുന്ന മരണത്തിൽ ഇന്നൊന്നും പറയാൻ പറ്റത്തില്ല ബോധത്തോടു കൂടിയൊന്നും പറയാൻ കഴിയുന്നില്ല അവിടെയെല്ലാം അവസാനിക്കുന്നു അതാ ഞാനിങ്ങനെ പോകുന്നു ഇന്ന ശരീരത്തിൽ നിന്ന ശരീരത്തിലേക്ക് പോകുന്നു സ്വപ്നത്തിൽ പറ്റുന്നുണ്ടോ സ്വപ്നത്തിൽ ഈ കർണങ്ങളെല്ലാം ഉപസംഹരിച്ചിരുന്നിട്ടും അവിടെ സംഭവിക്കുന്നുണ്ട് പക്ഷെ മരണത്തിൽ സംഭവിക്കുന്നു അതുകൊണ്ട് പറഞ്ഞ സ്വപ്ന സ്വപ്ന സ്വപ്നത്തെ പോലെ ദേഹാന്തരപ്രാപ്തി നിമിത്ത കർമ്മ ഉദ്ഭാവിത വാസനാ പറയുന്നു ഇനിയൊരു ശരീരം നേടണം അതിനു കാരണമായ കർമ്മത്താൽ പ്രേരിതമായ വാസനാ ജ്ഞാനം വാസനാ രൂപത്തിലുള്ള ജ്ഞാനം അത് പ്രകടമായ ജ്ഞാനമല്ല ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സിലൂടെ പ്രകാശിക്കുന്ന ജ്ഞാനമല്ല അതുകൊണ്ടാണ് മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുന്നത് പിന്നെ ഒന്നും ഓർക്കാൻ കഴിയുന്നില്ല മരണത്തിന് ശേഷം ഇന്ന് ഓർത്തിട്ട് പറയുക ആർക്കും പറ്റുന്നില്ല അത് കഴിയുന്നില്ല എല്ലാത്തിനും ഒരു വിടെ സംഭവിക്കുന്നു എന്തുകൊണ്ട് അവിടെ കർണങ്ങളെല്ലാം ഉപസംഹൃതമായി കേവലം വാസനാജ്ഞാനം പ്രകടമല്ലാത്ത ജ്ഞാനം പക്ഷെ ആ ജ്ഞാനം ഈ ജീവനെ സഞ്ചരിപ്പിക്കുന്നു അതുകൊണ്ട് സവിജ്ഞാനായിവ ദേഹാന്തരം ഗച്ചന്തി ഒരു ശരീരം വിട്ടു വേറൊരു ശരീരത്തിലിരിക്കുന്നു പക്ഷേ ഓർക്കാൻ കഴിയത്തില്ല മരിച്ചതിന് കാര്യം ഓർക്കാൻ കഴിയുന്നില്ല ആ സമയം തന്നെ എല്ലാ സംവേദനവും അവസാനിക്കുന്നു എല്ലാരുമായിട്ടും ഒരു സംവേദനവും സാധ്യമല്ലാതെ വരുന്നു ശ്രുതിപ്രാമാ ഇതെല്ലാം എങ്ങനെ അറിയുന്നത് ഈ പോക്ക് വരവ് ഗമനം ഇത്തരം കാര്യങ്ങളെല്ലാം എങ്ങനെ അറിയാൻ പറ്റും ഈ പറയുന്നതൊക്കെ ശരിയാണോ തെറ്റാണോ എങ്ങനെ തീരുമാനിച്ചു ശ്രുതിപ്രാമാനക്ക് ഒരു വഴിയേ ഉള്ളു ശ്രുതി ശ്രുതി പ്രമാണമായി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഇത് അംഗീകരിച്ചാൽ മതി ശ്രുതിയെ പ്രമാണ സ്വീകരിക്കാൻ വയ്യെങ്കിൽ ഇതിന് അംഗീകരിക്കേണ്ട കാര്യം നീ പറയുന്ന ഒരു കാര്യം ശ്രുതിയെ എങ്ങനെ എന്തുകൊണ്ട് പ്രമാണമായി സ്വീകരിക്കണം കാരണം ശ്രുതി എന്ന് പറയുന്നത് ഋഷിമാരുടെ ദർശനമാണ് ഋഷിമാർക്ക് വെളിപ്പെട്ട രഹസ്യങ്ങളാണത് അപ്പൊ അതിന് അത് ഋഷിമാരുടെ വചനമാണ് അവർ കണ്ടെത്തിയതാണ് ഈശ്വരന്റെ ആന്തരികമായ പ്രചോദന കൊ കൊണ്ട് ഋഷിമാർക്ക് വെളിപ്പെട്ടതാണ് സത്യം അതുകൊണ്ട് അതിനെ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ പിന്നെ മരണത്തോടു കൂടി ബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മരണത്തിന് ശേഷം പിന്നീട് ആർക്കും ഒരു തരത്തിലുള്ള സംവേദനവും സാധ്യമില്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ മരണശേഷം പോകുന്നു വരുന്നു ശരീരം സ്വീകരിക്കുന്നു എന്നൊക്കെ എങ്ങനെ ആർക്ക് പറയാൻ കഴിയും ആർക്കും അനുഭവപ്പെടുന്നില്ലല്ലോ ആർഷമായ ദർശനം കൊണ്ട് യേശുമാരത് വെളിപ്പെടുത്തുന്നു യേശുമാർ എങ്ങനെയാണ് അലൗകികമായ അതീന്ദ്രിയമായ ജ്ഞാനമുള്ളവരാണ് അസാധാരണ മനുഷ്യർക്കില്ല അതുകൊണ്ട് അതീന്ദ്രിയ ജ്ഞാനം കൊണ്ട് വെളിപ്പെട്ട കാര്യങ്ങൾ പറയുന്നു അതുകൊണ്ട് പറയുന്നു ശുചിപ്രാമൺയാണ് തഥാ അർച്ചരാധനാധുമാധനാ ഗമനം സ്വപ്ന ഉദ്ഭൂത വിജ്ഞാനേന ലബ്ധ വൃത്തി കർമ്മനിമിത്ത അതുകൊണ്ട് അർച്ചി അർച്ചിരാദിമാർഗ്ഗത്തിലൂടെ പോകുന്നു ധുമാതിമാർഗ്ഗത്തിലൂടെ പോകുന്നു ഒന്ന് ഉത്തരായണം മറ്റൊന്ന് ദക്ഷിണായണം ഈ രണ്ടു മാർഗ്ഗത്തിലൂടെ സഞ്ചരിക്കുന്നു സ്വപ്ന സ്വപ്നം പോലെ എന്നേ പറയാൻ ലഗ്ഞാന സോലും പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ കഴിയാതെ പോകുന്നു മോഡിയന്ത് ചെയ്യുന്നു ബസംഹൃത കർണ്ണ സ്വർണ്ണങ്ങളെല്ലാം ഉപസംഹരിച്ചു ഒന്നും പറയാൻ കഴിയുന്നില്ല എന്ത് സംഭവിച്ചു അതിന് ശേഷം അടുത്ത് ഉണരുന്നത് പോലെ പക്ഷെ സ്വപ്നത്തിൽ മറ്റു കാര്യങ്ങൾ നടക്കും സൃഷ്ടി എങ്ങനെയാണോ വെളിപ്പെടുത്താൻ കഴിയാത്തത് അതുപോലെയാണ് മരണവും ഒന്നും വിശദീകരിക്കാൻ കഴിയത്തില്ല പക്ഷെ അത് സ്വപ്നത്തെ പോലെയാണോ അങ്ങനെയൊന്നുണ്ടല്ലോ ജാഗ്രത അല്ലാതെ പോലെ അനുഭൂസ്വപ്നം അവിടെ എങ്ങനെയാണോ കാര്യങ്ങൾ സംഭവിക്കുന്നത് അതുപോലെ ഉദ്ഭൂത വിജ്ഞാന പ്രകടമായൊരു വിജ്ഞാനം വാസനാത്മകമായ അതുകൊണ്ട് പ്രവൃത്തിയും കർമ്മവും എല്ലാം ഉണ്ടാവും അതുകൊണ്ട് ഗമനം സംഭവിക്കുന്നു ഭാവേന ജാതന സംബന്ധ ബോധ്യത ീ പറയുന്നു വ്യത്യാസമുണ്ട് രണ്ടു തരത്തിലുള്ള ജീവൻ രഗതിയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് ഒന്നു നേരെ ഊർധ്വലോകങ്ങളിലേക്ക് പോകുക അത് സൂര്യലോകമാകാം അല്ലെങ്കിൽ ചന്ദ്രലോകമാകാം മറ്റൊന്നിവിടെ തന്നെ വൃഹി അവാദിഭാവത്തെ പ്രാപിക്കും വ്യത്യാസമുണ്ട് മുകളിൽ നിന്ന് തിരിച്ചു വരുന്നവര് വ്രീഹിയാവുകയല്ലെങ്കിൽ വ്രീഹി ശരീരത്തെ പ്രാപിക്കുന്നു യാതരീ ആകുന്നില്ല ജനിച്ച നെല്ല് നെൽച്ചെടി അത് ജലത്തിലൂടെ ആ ശരീരത്തിൽ പ്രവേശിക്കും അത് കേവലം ഒരു ശരീരം മാത്രം അതിന് വേറെ ജീവനുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ കർമ്മം കൊണ്ട് നെൽച്ചെടിയായി മാറാറാക്കി അത് തന്നെ അയാളുടെ ശരീരമാകും ആ ജീവരൂപത്തിൽ തന്നെ അതിരിക്കുന്നു അന്ന് സിംഹം വേർ സസ്യരൂപത്തിൽ ജനിക്കുന്നു രണ്ടും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അതുമാത്രമല്ല ഇവിടെ ഈ കർമ്മഫലമായി ഒരു നെൽച്ചെടിയായി ജനിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരുന്നു അതനുഭവിക്കുന്നു അന്ന നാശത്തിൽ വേറെ ചെടിയൊക്കെ സ്വീകരിക്കുന്നു അവിടെ കേവലം കർമ്മഫലത്തെ അനുഭവിക്കുന്നു അതുപോലെയല്ല അനിശ്ചയി മുകളിൽ നിന്ന് തിരിച്ചു വരുന്ന ജീവൻ അങ്ങനെയല്ല സംഭവിക്കുന്നെന്നാണ് പറയുന്നത് ആ തിരിച്ചു വരുമ്പോ തഥാ ന തഥാനുശീനാം ഗൃഹ്യാതിഭാവേന ജാതാന ഗൃഹ്യാതിരൂപത്തിൽ അത് വന്നു ഗൃഹ്യാദികളിൽ പ്രവേശിച്ചു സവിജ്ഞാനാമേസംബന്ധ ബുദ്ധി അവിടെ അതിന് യാതൊരു തരത്തിലുള്ള ബോധമില്ല വിജ്ഞാനം അവിടെ ഇല്ല എന്നറക്കും അത് പൂർണ്ണമായും മൂർച്ഛിതമായ അവസ്ഥയിലാണ് അതിന് അനുഭവം ഇല്ല എന്നുള്ളത് ഇതങ്ങനെയല്ല ഇവിടെ ക്രൂരകർമ്മം ചെയ്യുന്നവൻ വ്രീഹി സസ്യങ്ങളും വൃക്ഷങ്ങളും ഒക്കെയായി ജനിച്ചിട്ട് ആ ജീവിതത്തെ അത് അനുഭവിക്കുന്നു അതനുഭവിക്കുന്നതിനുള്ള ആ ശരീരത്തിന് യോഗ്യമായൊരു ബോധം അതിനുണ്ട് കർമ്മഫലത്തെ അത് അനുശ്ചയ അങ്ങനെയല്ല ചന്ദ്രലോകത്തിൽ മടങ്ങി വരുന്നത് അങ്ങനെയല്ല അവിടെ എന്താണോ കേവലം മൂർച്ഛനായ ബോധം കെട്ട ഒരു മനുഷ്യൻ അതുപോലെ ബോധമില്ലാത്തതുകൊണ്ട് കാരണം നെല്ലാവുന്നു എന്നിട്ടും നെൽച്ചെടിയാവുന്നു അത് പൂക്കുന്നു കായ്ക്കുന്നു അതിൽ നെല്ലാവുന്നു നെല് വിത്താവും അത് അരിയാകുന്നു അതിനെ അരിയാക്കി എടുക്കുന്നതിനകം എന്തെല്ലാം ചെയ്യുന്നു അതിനെ കൊയ്യുന്നു മെതിക്കുന്നു പുഴുങ്ങുന്നു അതിനെ നെല്ല് കുത്തുന്നു ഇതെല്ലാം സംഭവിക്കുന്നുണ്ട് ഒരു ധാന്യത്തിൽ തന്നെ സംഭവിക്കുന്നു ഇതിനകത്തായിരിക്കും ജീവൻ ഇരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഒരു ജീവൻ ഉണ്ടായിരുന്നല്ലോ ആ നെല് വിത്തല് അതാണ് പിന്നീട് ഒരു നെൽച്ചെടിയായി മാറിയത് പക്ഷെ ആ നെല്ല് നെല് വിത്തനെ പുഴുങ്ങിക്കുത്തിയപ്പോ അതിനകത്ത് തന്നെ ജീവൻ എന്ത് സംഭവിച്ചു അതിലടിപ്പു ജീവൻ നാശമില്ലല്ലോ മരിച്ചു പോകുന്ന വെച്ചാൽ അത് വീഴ്ച്ചുപോയി പിന്നെ അതിനാൻ പറ്റിയതല്ല ഇത്രയും ട്രണ്ട് കണക്കിന് നൽവിത്തുള്ളിടത്തെല്ലാം ജീവനുണ്ടോ ജീവനും ട്രെണ്ണക്കിനാണ് അതുകൊണ്ട് അതിരിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ എപ്പോഴാണോ അതിനെ കൊയ്യുന്നത് കൊയ്ത് മിതിക്കുന്നതുവരെ ഇരിക്കും കാരണം കുഴപ്പമില്ല മിതിച്ചാലും അത് സഹിക്കും കാരണം അത് പിന്നെ വിത്തായിരിക്കും വീണ്ടും സസ്യമായി മാറും പക്ഷെ ഒഴുങ്ങുമ്പോൾ പിന്നീട് അവിടെ ഇരിക്കത്തില്ല അത് ചാടിക്കൂ എന്തുകൊണ്ടാണ് അത് ചാടുന്നതിനുള്ള വിജ്ഞാനത്തോടുകൂടി അത് ഇരിക്കുന്നു തിരിച്ചറിയുന്നു ഇനി ഇതിനകത്തിരുന്നാൽ കുഴപ്പമാണ് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഇത് ഉപയോഗമില്ല ഈ ശരീരം ഉപയോഗമില്ല കരുതി അത് നൽ തന്ന ജീവൻ പോ സാധാരണ ഇവിടെ സംഭവിക്കുന്നു അനുശൈകളാണെങ്കിലോ അനുശൈ ആണെങ്കിലും അവിടെ ഇരിക്കുന്നത് എന്താണ് ഒരു ബോധമില്ലാതെ ഇരിക്കുന്നു അതുകൊണ്ട് അതിനെ ഇടിച്ചാലും കുത്തിയാലും പുഴുങ്ങിയാലും മില്ലില് പൊടിച്ചാലും എന്നൊരു പ്രശ്നമുണ്ട് അരി മാവായാലും പ്രശ്നമുണ്ട് ദോശയായാലും ഇഡലി ആയാലും അതിനകത്ത് തന്നെ ഇരിക്കും അതാ പറയുന്നത് എന്തുകൊണ്ടും അതിന് ബോധമില്ലാത്തതുകൊണ്ട് എന്നാലേ ഇത് പുരുഷന്റെ ഉള്ളിൽ ചെല്ലണ്ടേ ഏത് രീതിയിലായാലും എന്ന് പറയുന്നു ഗൃഹ്യാദി ലപണ കണ്ടേഷണാകും സവിജ്ഞാനാൽ സ്ഥിതിരസ്തി ആ ജീവൻ കർമ്മം കൊണ്ട് കർമ്മഫലമായി ജനിക്കുന്ന ജീവനാണ് സസ്യദതാദികൾ വൃക്ഷങ്ങൾ ജീവികളെങ്കിൽ അവിടെ എന്താണ് ലപണ കണ്ടണന പേഷണം മുറിക്കുക ചതയ്ക്കുക പൊടിക്കുക എന്നൊക്കെ വരുമ്പോൾ ജീവൻ അവിടെ ഇരിക്കത്തില്ല കിട്ടുപോകും ചില അനുശയ്യങ്ങനെ മുകളിൽ നിന്ന് വരികയാണ് അതിന് ബോധമില്ല എന്ത് സംഭവിച്ചാലും അത് അതുകൊണ്ടാണ് മൂർച്ഛിതനായവനെ പോലെ എന്ന് പറയുന്നത് പീഡനം വന്നാൽ പുറത്തു പോവും അത് ബോധം മറ്റ ഒരുവനെ കീറുന്നത് പ്രതികരിക്കുന്നില്ല പ്രതിഷേധിക്കുന്നില്ല എന്ത് വേണോ ചെയ്യാം അതുപോലെ തന്നെ സംഭവിക്കുന്നുണ്ട് അവിടെ സവിജ്ഞാനമായി ബോധത്തോടുകൂടിയല്ല ഇരിക്കുന്നത് ചന്ദ്രമണ്ഡലപ്യപരോഹതാം ദേഹാന്തരഗമനസ്ത ജാന ദൈവയുക്ത തഥാ സതിരകാനുഭവ ഇഷ്ടാപൂർത്താദിക്കാരുണാം ചന്ദ്രമണ്ഡലാര ബ്രാഹ്മണാദി ജന്മ പറയുന്നു ചന്ദ്രമണ്ഡലക്കെ അവരോഹതാം ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് വരുന്നു താഴേക്ക് വരുന്നു ദേഹാന്തര ഗമനസി തുല്യത്തോ അവർ വന്നിരുന്നു ഒരു ശരീരം വിട്ട് വേറൊരു ശരീരത്തിലേക്ക് പോകുന്നു ഇവിടെ സ്വന്തം കർമ്മം കൊണ്ട് ഈ ശരീരത്തെ ഉപേക്ഷിച്ച് വേറെ ശരീരങ്ങള് സസ്യ ലതാതി ശരീരങ്ങളെ സ്വീകരിക്കുന്ന ജീവന്മാരോ അതുപോലെ തന്നെ സഞ്ചരിക്കുന്ന തുല്യമാണ് തുല്യമായതുകൊണ്ട് ജലൂകാനൂകത്തെ പോലെ കുഴുവിനെപ്പോലെ അതിങ്ങനെയാണ് ബോധത്തോടെ പ്രവർത്തിക്കുന്നത് അതുപോലെ അനുശൈകളും ബോധത്തോടെയാണ് പ്രവർത്തിക്കുന്നത് തിരിച്ചു വരുന്നവർ എന്ന് കരുതിയാലോ പറയുന്നത് ശരിയില്ല തഥാസതി അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്തോ ഒരു ഘോരവും നരകാനുഭവം ഇഷ്ടാപൂർത്ത ദത്തകർമ്മങ്ങൾ ഇവിടെ വളരെ പണിക്കപ്പെട്ട് പറഞ്ഞല്ലോ ഇഷ്ടാപൂർത്ത ദത്തകർമ്മ വളരെ നിസ്വാർത്ഥമായി കർമ്മം ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി കർമ്മം ചെയ്യുക അതാണ് വാദി കൂക്കത്തടാകാദി ദേവതായ അന്നപ്രധാനം ആരാമം എന്നെല്ലാം പറഞ്ഞാണ് അതിനെ വർണ്ണിക്കുന്നത് നിത്യ അഗ്നിഹോത്രം വൈദികമായ കർമ്മം സ്മാർത്ഥമായ കർമ്മങ്ങൾ എല്ലാം ശ്രേഷ്ഠ കർമ്മങ്ങളാണ് സത്കർമ്മങ്ങളാക്കി ധർമ്മമാനുഷ്ഠിച്ചത് അങ്ങനെ ഒരു ജീവൻ ജീവിതകാലം മുഴുവൻ ധർമ്മം അനുഷ്ഠിച്ച് പരോപകാരം ചെയ്തിട്ട് അവസാനം നരകാനുഭവ ഘോരമായ നരകാനു ഇതാണല്ലോ വരുന്നത് ഈ പോക്കുപരവ് ഇഷ്ടപ്പെടുത്താതി കാരണം ചന്ദ്രമണ്ഡല ആരഭ്യസ്ഥ അതിവിടെ നിന്ന് തുടങ്ങുന്നു ചന്ദ്രമണ്ഡലം വരെ പോയി എത്തിച്ചേർന്ന് അവിടെ സുന്ദ അവിടെ ദേവന്മാരോടൊപ്പം ആനന്ദിച്ചു പക്ഷെ അവിടെ നിന്ന് തിരിച്ചു വന്ന് വീണ്ടും ഒരു പുരുഷ ശരീരത്തിൽ പ്രവേശിച്ച് ഒരു സ്ത്രീയിലൂടെ ഒരു ശിശുവായി ജനിക്കുന്നതുവരെ ഘോരമായ നരകാനുഭവമായിരിക്കുമല്ലോ എന്നാണ് എങ്ങനെയാണെങ്കിൽ ഈ തിരിച്ചുവരുന്ന ജീവന് ബോധമുണ്ടെങ്കിൽ ബോധമുണ്ടെങ്കിൽ നരകം അനുഭവിക്കാൻ പറ്റും ബോധമുണ്ടെങ്കിൽ അനുഭവം ഇല്ല സ്വർഗമില്ല നരകുമില്ല അതുകൊണ്ട് ഇവിടെ ചോദ്യം ഇതാണ് തിരിച്ചു വരുന്ന ജീവന് ബോധമുണ്ടോ ഇല്ലയോ ബോധത്തോടു കൂടിയാണ് വരികയാണെങ്കിൽ അത് നരകാനുഭവമാണോ വളരെ കഷ്ടങ്ങൾ സഹിക്കുന്നു ശരി അങ്ങനെ സഹിക്കുന്നു സ്വീകരിക്കുക സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്താണോ യാവത് ബ്രാഹ്മണാദിജന്മ ഇവിടെ വന്നു ബ്രാഹ്മണനക്ഷത്ര വൈശ്യ തുടങ്ങിയ ജന്മങ്ങൾ സ്വീകരിക്കുന്നത് വരെ ഏത് ജന്മം ചണ്ടാള ജന്മം സ്വീകരിക്കും അതുവരെ ഒരു മനുഷ്യര് ശരീരം ലഭിക്കുന്നതുവരെ വളരെ ഘോരമാണല്ലോ നരകമാണല്ലോ അത് ചോദിക്കുന്നത് തഥാചാസക്തി അനർത്ഥായി വൈഷ്ടപൂർത്താസനം വിഹിതം സ്യാ അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഇഷ്ടാപൂർത്താതിപാസനം എന്നൊക്കെ അനുഷ്ഠാനം ഇഷ്ടാപൂർത്ത കർമ്മങ്ങൾ ചെയ്യുക സത്കർമ്മങ്ങൾ ചെയ്യുക മറ്റുള്ളവർക്ക് സേവനം ചെയ്യുക സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക ഇതെല്ലാം അനർത്ഥമായി തീരുമല്ലോ അത് വിഹിതമാണ് വിഹിതം അനർത്ഥായ നിയമം വിഹിതമായ ഒന്നും അനർത്ഥത്തിനാകാൻ പാടില്ല മീമാംസകളുടെ നിയമമാണ് ഇതെല്ലാം ശാസ്ത്രം വിധിച്ചിരിക്കുകയാണ് ഇഷ്ടാപൂർത്ത ദത്തകർമ്മങ്ങൾ സത്കർമ്മങ്ങളായി വിധിച്ചിരിക്കുകയാണ് അത് ചെയ്യുന്നത് നരകത്തിന് കാരണമായി തീരും നരകാനുഭവത്തിന് േദവിധി അസംബന്ധമാകും അങ്ങനെ ഒരുപാട് ദോഷം വരും തിരിച്ചുവരുന്നത് ബോധത്തോടു കൂടിയാണ് അംഗീകരിച്ച ശ്രദ്ധേ അപ്രാമണ്യം പ്രാപ്തം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ശ്രുതി അപ്രമാണമായി പോകും അത് സമ്മതമുള്ള കാര്യമല്ല വൈദികാനാം കർമ്മ അനുബന്ധിത്വം എന്തുകൊണ്ട് വൈദികമായ കർമ്മങ്ങൾ വൈദികം എന്ന് വെച്ചാൽ സ്മാർത്ഥ െല്ലാം അനർത്ഥ അനുബന്ധിയാണെന്ന് വരും അനർത്ഥത്തോട് ചേർന്നതാണ് അനർത്ഥത്തിൽ ഉണ്ടാക്കുന്നതാണ് എന്താണ് അനർത്ഥം ഈ വൃഹിയവാദി ശരീരങ്ങളിൽ നിന്ന് ഘോരതരമായ നരക പീഡനങ്ങളെ അനുഭവിക്കുക യാതന അനുഭവിക്കില്ല എന്തിനുവേണ്ടി സത്കർമ്മം ചെയ്തുകൊണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നിർദ്ദേശിച്ച ശ്രുതി സ്മൃതി എല്ലാം എന്നുവെച്ചാൽ എന്തോരം സത്തുക്കൾ അത് അനുഷ്ഠിക്കത്തില്ല സജ്ജനങ്ങൾ അത് സ്വീകരിക്കത്തില്ല ശിഷ്ടന്മാരൊരിക്കലും അത് സ്വീകരിക്കത്തില്ല ആര് തയ്യാറാവും സൽപ്രവർത്തികൾ ചെയ്തിട്ടു പോയി നരകത്തെ അനുഭവിക്കും അതുകൊണ്ട് സമാധാനം പറയുന്നു അതൊന്നും ശരിയല്ല ഈ പ്രശ്നം ഒഴിവാക്കണമെങ്കിൽ എന്ത് വേണം ഈ തിരിച്ചു വരുന്ന ജീവന് നരകാനുഭവം ഇല്ല എന്ന് പറഞ്ഞു ഗുരുതാര്യശ്ശനിയാണ് അനന്ത ജന്മങ്ങളിൽ സഞ്ചരിക്കുന്നത് പക്ഷെ അത് മകരാദികൾ ഭക്ഷിച്ചാലും മൃഗങ്ങൾ ഭക്ഷിച്ചാലും അതിനെ അടിച്ചാലും കൊന്നാലും പുഴുങ്ങിയാലും അരച്ചാലും ഒന്നും യാതൊരു തരത്തിലുള്ള ദുഃഖാനുഭവം അതിനില്ല അതെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ദുഃഖാനുഭവം ഇല്ലാത്തതുകൊണ്ട് കാലവും ദേശവും എല്ലാം മാറി മാറി വരും വീണ്ടും ഒരു മനുഷ്യ ശരീരം കിട്ടുന്നതിന് അനേകം അനന്തമായ കാലം കാത്തിരിക്കേണ്ടി വരും അവിടെ പോയിട്ട് തിരിച്ചു വരുന്നത് വളരെ ദൂരമാണ് വളരെ കാലത്തിൻ്റെയും ദേശത്തിന്റെയും ദൂരമുണ്ട് അതുകൊണ്ട് അനന്തമായ കാലം കഴിയേണ്ടി വരും ഒരു ശരീരം കിട്ടാം പക്ഷേ നരകാനുഭവമില്ല പീഡനം അനുഭവിക്കത്തില്ല പിന്നെങ്ങനെയാ തിരിച്ചുവരുന്നത് ജീവനല്ലേ തിരിച്ചു വരുന്നത് ജീവനെന്ന് വെച്ചാൽ ചൈതന്യമല്ലേ ചൈതന്യം ബോധമയമാണ് ബോധസ്വരൂപമാണ് ശരീരം ഉള്ളതുകൊണ്ട് ബോധമയം എന്ന് പറയും അങ്ങനെയുള്ള ഒരു ജീവൻ തിരിച്ചു വരുമ്പോൾ ദുഃഖിക്കാതിരിക്കുന്നെങ്കിൽ ബോധമുണ്ടടുത്ത സുഖം അനുഭവപ്പെടുമല്ലോ അതിന് പറയുന്നത് വൃക്ഷാരോഹണ പതനവത് വിശേഷ സംഭവ അത് തെങ്ങി കയറുന്ന പോലെയാണെന്ന് പറയുന്നത് ോഹണ പതിനുള്ള തെങ്ങിലേക്കൊരാള് കയറുന്നു നല്ല ബോധത്തോടു കൂടിയാണ് കയറുന്നത് ടോപ്പിലെത്തി പിടിവിട്ടു പോയി പിന്നെ ബോധം കാണത്തില്ല താഴെ വരുമ്പോ എപ്പോഴാണോ മേടിച്ചെന്ന് കൈവിട്ടു പോയത് ആ നിമിഷം ബോധവും പോയി പേടിച്ചിട്ട് പിന്നെ എന്ത് സംഭവിച്ചതെന്നുള്ളതും അറിയത്തില്ല പിന്നീട് ജീവിച്ചാലും ജീവിച്ചില്ലെങ്കിൽ അതാണ് വിക്ഷ ആരോഹ പതനം ആരോഹണം പതനും തമ്മിലൊരു വ്യത്യാസമുണ്ട് ആരോഹണം എന്ന് പറയുന്നത് വളരെ ബോധത്തോടുകൂടി തന്നെ പക്ഷെ പതനം എന്ന് പറയുന്നത് തലകറങ്ങി തല ബോധം നഷ്ടപ്പെട്ടാണ് താഴെ എന്നും അറിയത്തില്ല നമ്മൾ വിചാരിക്കും ഭൂമിയിൽ തട്ടിയതിന് ശേഷമാണ് ബോധം നഷ്ടപ്പെടുന്നത് അല്ല കുടി വിട്ടു എന്നറിയുന്ന സമയം തന്നെ ഭയന്നും ബോധം നഷ്ടപ്പെട്ടു ോധം കാണത്തില്ല വരുന്ന വരവെന്ന് അറിയാനും ഒക്കെ ഇതുപോലെയാണ് ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് തിരിച്ചുള്ള വരവ് അവിടത്തെ പിടി വിട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ബോധം പോയി പിന്നെ ഇവിടെ വന്ന് ഒരു ശിശുവായി ജനിക്കുന്നത് വരെ ആ ജീവന് എന്തൊക്കെ സംഭവിച്ചാലും ശരി ഒരു തരത്തിലുള്ള നരകാനുഭവുമില്ല ഒന്നും അറിയുന്നില്ല അതുകൊണ്ട് നരകം അനർത്ഥം അനുഭവിക്കാത്തത് കൊണ്ട് വേദത്തിന് അപ്രാമാണില്ല കർമ്മങ്ങൾ അനർത്ഥത്തിന് വേണ്ടിയാണ് അനർത്ഥം എന്ന് പറയുന്നത് എന്താണ് നരകാനുഭവമാണ് നരകം എന്ന് പറയുന്നത് ദുഃഖാനുഭവം അതിനകത്ത് നരകം എന്നു സുഖാനുഭവത്ത് സ്വർഗമെന്ന് പറയുന്നു അതൊരു ലോകമായാലും അല്ലങ്കിൽ പുണ്യഫലം സുഖം പാപഫലം ദുഃഖം അതെവിടെ അനുഭവിച്ചാലും അത് സ്വർഗ്ഗമാണ് ഇനി വേറെ ഏതെങ്കിലും ലോകം ഉണ്ടെങ്കിൽ അവിടെ ഈ ലോകത്തിലാണെങ്കിൽ ഇവിടെ വേദ കർമ്മങ്ങൾ വൈദികമായ കർമ്മങ്ങൾ അനർത്ഥത്തിനെന്ന് പറഞ്ഞാൽ എന്താണ് ദുഃഖാനുഭവത്തിന് വേണ്ടി അനുശയ്യയെ സംബന്ധിച്ചിടത്തോളം ദുഃഖാനുഭവമില്ല പിന്നെ എന്താ ഉണ്ടായി സുഖാനുഭവ ചന്ദ്രമണ്ഡലത്തിൽ ഇവിടെ നിന്ന് കർമ്മം കഴിഞ്ഞ് കർമ്മത്തിൽ ധൂമത്തിലൂടെ യാത്രയായി വഴിയിൽ ദേവതമാരെല്ലാം സ്വീകരിക്കാൻ കാലും പഴവും ഒക്കെ ആയിട്ട് അവിടെ സുഖമാണ് അവിടെ ചെന്നു കഴിഞ്ഞാലോ ദേവന്മാരോടൊപ്പം അവിടെ ജോലിയൊക്കെ ഉണ്ടെങ്കിലും ദേവന്മാരോടൊപ്പം അവിടെ ആനന്ദിക്കുകയാണ് അവിടെ സുഖമാണ് അത് വൈദ്യ നിർമ്മത്തിൽ എവിടെ അനർത്ഥത എവിടെ ദുഃഖാനുഭവം ദുഃഖാനുഭവം ഇല്ലാതുകൊണ്ട് അനർത്ഥതയില്ല പക്ഷേ സംസാരം അതിനെ നിഷേധിക്കുന്നു അനുപരതമായ സംസാരം അതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു അത് വേദം തന്നെ പറയുന്ന കാര്യമാണ് അതുകൊണ്ട് കർമ്മവിധി അനർത്ഥമല്ല അതൊക്കെ അനുഭവം ഉണ്ടാക്കേണ്ടതാണ് ഇവിടെ സമ്മർദ്ദിക്കുന്നത് വൃക്ഷാരോഹണ പതിനവത് വിശേഷ സംഭവ ദേഹദേഹാന്തരം പ്രതി ഉത്സവോ കർമ്മണോ ലബ്ധവൃത്തിവ കർമ്മോത്ഭാവിതേന അവിജ്ഞാനേന സവിജ്ഞാനത്വം യുക്തം പ്രാപിക്കാനും താല്പര്യപ്പെടുന്ന ജീവൻ അതാണ് നേരത്തെ പറഞ്ഞ തെണ്ണ ചെലവുകത്തെപ്പോൽ തിണ്ണ ഒരു പുല്ലിൽ നിന്ന് വേറൊരു പുല്ലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി അത് പ്രവർത്തിക്കുന്നു ഒന്നിനെ പിടിച്ചുകൊണ്ട് മറ്റേനെ വിടുന്നു അതിനെ വിടുമ്പം മറ്റേനും ഉറപ്പിക്കുന്നു ഇങ്ങനെ പോകുന്നു സാധാരണ ജീവൻ ഇവിടെ ജനിച്ചു മരിക്കുന്നവൻ കർമ്മലബ്ധിത്വ എപ്പോഴാണ് മരുന്ന സമയത്ത് അതുപോലെ ഈ ശരീരം ഈ ജന്മം മറ്റുള്ള കർമ്മങ്ങൾ പൂർവ്വകർമ്മങ്ങൾ പ്രവർത്തിക്കുന്നതിനും തടസ്സമായിട്ടിരുന്നു അനന്ത ജന്മങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ജന്മത്തിലിരുന്നു കൊണ്ട് തന്നെ പൂർവ്വജന്മങ്ങളുടെ സ്മരണകൾ വരുന്നില്ല അനുഭവം വരുന്നില്ല കേവലം ഈ ശരീര സംബന്ധിയായിട്ടുള്ള അനുഭവങ്ങൾ ഇവരൊന്നും ഒന്നും ഓർക്കാൻ കഴിയുന്നില്ലല്ലോ പറയുന്നു ഈ ജന്മം അതിന് പ്രതിബന്ധകമാണ് അതിനെ പൂട്ടി ഒരു താക്കോലാക്കി വെക്കുകയാണെങ്കിൽ ജന്മം അവിടെ പൂർവ്വജന്മത്തിൻ്റെ ഒരു കാര്യവും കടത്തിവിടത്തില്ല മനസ്സിലെ പ്രതിബന്ധമായതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആ അനുഭവങ്ങളുടെ ഈ ശരീരത്തെ അനുഭവിക്കേണ്ടി വരും അതുപോലെ ഇനി അതാത് അനുഭവങ്ങൾക്ക് യോഗ്യമായ അതാത് ശരീരങ്ങളെടുക്കണം എല്ലാ അനുഭവങ്ങളും ഈ ശരീരത്തിൽ സാധ്യമല്ല ഈ ജന്മം എന്നു വെച്ചാൽ ഈ ശരീരം ഈ ശരീരം ഉൾപ്പെടെ ഉള്ള സാധനം എന്തൊക്കെയാണ് കാരണം മനസ്സ് പ്രാണം ഇതിലൂടെയാണല്ലോ അനുഭവിക്കേണ്ടത് ഇത് വർത്തമാന ജന്മാനുഭവത്തിന് കാരണമായിരിക്കുകയും ഭാവിയിൽ വരുന്ന ജന്മാനുഭവങ്ങൾക്ക് പ്രതിബന്ധമായിരിക്കും ചെയ്യും അത് പ്രതിബന്ധമായിരിക്കുന്നുള്ളൂ മറ്റൊന്നും അനുഭവിക്കാൻ കഴിയുന്നില്ല പക്ഷെ മരണസമയത്ത് ഇതിന് ജോലി അവസാനിച്ചു ഇതിന് കാരണമായിരിക്കുന്ന കർമ്മം ക്ഷയിക്കുന്നു കർമ്മം ക്ഷയിച്ച ശരീരം ക്ഷയിക്കും ക്ഷയിക്കുമ്പോ ഉടനെ ഓരോ കർമ്മങ്ങൾ ഏതാണോ അടുത്ത് വരേണ്ടത് അത് ഫലം കൊടുക്കാൻ തയ്യാറാകും ലബ്ധൃത്തിയാകുന്നു ഫലോന്മുഖമാകും അത് ഫലം കൊടുക്കാൻ തയ്യാറാകുമ്പോ എന്തോ ആ കർമ്മം കൊണ്ട് അടുത്തീ ജീവന്റെ ഗതിയെ നിശ്ചയിക്കുന്നു അതിനുവേണ്ടുന്നെല്ലാം വരുന്നു വിജ്ഞാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജലൂഹത്തിനറിയാം അടുത്ത് ഏത് പുല്ല പിടിക്കേണ്ടത് എങ്ങനെ പിടിക്കണം എങ്ങനെ പഴയതിനെ വിടണം അതുപോലെ ലബ്ധൃത്തിത്വ മരണസമയത്ത് പൂർവകർമ്മങ്ങൾ ഫലോന്മുഖമാകുമ്പോൾ കർമ്മ ഉദ്ഭാവിതേന വിജ്ഞാനൻ ആ പൂർവകർമ്മം കൊണ്ട് വിജ്ഞാനം പ്രകടമാകുന്നു വഴി മനസ്സിലാകുന്നു എന്ന വഴിയാത്രക്കാരൻ നടന്ന് ക്ഷീണിച്ച് വഴിയെതിൽ എവിടെയും ഇങ്ങടന്നുറങ്ങി അയാളുടെ വിജ്ഞാനമെല്ലാം നഷ്ടപ്പെട്ടു സ്വയം വിസ്മൃതനായി ഉറങ്ങുന്നു ഉറങ്ങിക്കഴിഞ്ഞ് ഉണർന്നാലോ വീണ്ടും വഴി കണ്ടുപിടിച്ച് നടന്നു ഉറങ്ങിയപ്പോ വഴിയെ കുറിച്ചൊന്നും അറിയില്ല പക്ഷെ ഉണർന്നു കഴിഞ്ഞപ്പോൾ ഉടൻ വഴി മനസ്സിലാക്കി നടക്കുന്നു അതുപോലെ ഈ കർമ്മത്തിന് ഈ ശരീരത്തിന് കാരണമായിരുന്ന കർമ്മങ്ങൾ ഒടുങ്ങി അടുത്ത ശരീരത്തിന് കാരണമായ കർമ്മങ്ങൾ ഉണർന്ന് ഫലം കൊടുക്കാൻ തുടങ്ങുമ്പോ ആ ജീവന് ബോധം കിട്ടും എന്തുബോധം അടുത്ത വഴി എല്ലാം അറിയുന്നില്ല ഇന്ന വഴിക്കാണ് പോകേണ്ടത് ആ ജീവൻ അറിയുന്നു വാസനാജ്ഞാനം ഇപ്പോൾ പറഞ്ഞു അതിനെ സൂചിപ്പിക്കുകയാണ് വിജ്ഞാന സവിജ്ഞാനത്തും അപ്പൊ ജളൂകത്തെ പോലെ സഞ്ചരിക്കാൻ തുടങ്ങും ആ ഗതിക്ക് വേണ്ട വിജ്ഞാനം അത്രയുണ്ട് അതുകൊണ്ട് സഞ്ചരിക്കുന്നു പക്ഷെ അനുശയി അങ്ങനെയല്ല ചന്ദ്രലോകത്തിൽ നിന്നും മുടങ്ങി വരുന്നയാളങ്ങനെയല്ല പൂർണമായും മോഹത്തിലാണ് സുഷുതനെപ്പോലെ മൂർച്ഛതിനെപ്പോലെ വൃക്ഷാഗ്ര ആരോഹത്തെ ഇവ ഫലം ചികിത്ഷോഹോ തങ്ങി കയറുന്നു എന്തിനാ കയറുന്നത് തേങ്ങ പറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഫലം ജികിർഷോഹോ ഫലത്തെ അവൻ ആഗ്രഹിക്കുന്നു അവനാ ബോധമുണ്ട് ഇങ്ങനെത്ര പേരുണ്ട് എങ്ങനെ കയറണം ഫലം ഇവിടെയാണ് അവിടെയൊക്കെ ബോധമുണ്ട് അതുപോലെ ഇവിടെ ജീവൻ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവന് ബോധമുണ്ട് ആവശ്യത്തിനുള്ള ബോധം സവിജ്ഞാനത്തോടുകൂടിയാണ് തഥാ അർച്ചിരാദിനാഗത സവിജ്ഞാനം അതുപോലെ അർച്ചിരാതിമാർഗത്തിലൂടെ ജമിക്കുന്നവൻ അർച്ചരാതിമാർഗമായ ധൂമമാർഗം ആയ മേളോട്ട് കയറുമ്പോൾ ബോധമുണ്ട് ധൂമാധിനാക ചന്ദ്രമണ്ഡലം ആരൊരുക്ഷത അതുപോലെ ചന്ദ്രമണ്ഡലത്തെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവനും ബോധമുണ്ട് പിന്നെ തഥാ ചന്ദ്രമണ്ഡല അവരുക്ഷതാണ് ദൃശാഗ്രാദി സചേതനത്വം അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ വൃക്ഷാഗ്രത്തിൽ നിന്ന് താഴോട്ട് പതിക്കുമ്പോൾ വളരെ ഉയരമുള്ള വൃക്ഷത്തിൽ നിന്ന് താഴോട്ട് വീഴുകയാണ് സചേതനത്വം അവിടെ ചേതനത്തുമില്ല യഥാചുഗികാം അഭിഗാത വേദന നിമിത്ത സമൂർച്ഛിത പ്രതിബദ്ധകരണാനാം സ്വദേഹേനൈവ് ദേശാന്തര നിയമാനാനാം വിജ്ഞാനശൂന്യത ചോദ്യം ബോധമില്ല സഞ്ചരിക്കുന്നു അതങ്ങനെ സംഭവിക്കുന്നു സഞ്ചരിക്കണമെങ്കിൽ ബോധം വേണ്ടേ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് അനേക കാലം പുരുഷ ശരീരത്തിലെത്തി സ്ത്രീ ശരീരത്തിൽ ശിശുവാകുന്നത് വരെ എത്രയോ കാലം ഏതെല്ലാം സഞ്ചരിച്ചതെല്ലാം ബോധമില്ലാതെ പറയാൻ പറ്റും അത് പറയുന്ന മറ്റൊരു ദൃഷ്ടാന്തം പറയുന്നു തലയ്ക്ക് ഒരു അടി കെട്ടി എന്നിരിക്കട്ടെ ബുദ്ധര ഗത കൊണ്ടടിച്ച് തലയ്ക്ക് അടിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യുന്നു അത് ഭയങ്കരമായ വേദന അനുഭവപ്പെടുന്നു അപ്പൊ ബോധം നഷ്ടപ്പെടുന്നു ആ ബോധം നഷ്ടപ്പെട്ട ഒരാളിനെ മറ്റൊരാൾക്ക് എടുത്തുകൊണ്ട് പോവാൻ ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്കും ബോധമില്ലാത്തടത്ത് ചലനമില്ലായെന്ന് പറയുന്നത് ശരിയല്ല ബോധമില്ലാത്തയിടത്തും ചലനം സംഭവിക്കാം ബോധം കെട്ട ഒരാളിനെ ബോധമുള്ള ഒരാളിനെ ചലിപ്പിക്കാം അതുപോലെ ജീവനെ അവന്റെ കർമ്മങ്ങൾ ചലിപ്പിക്കുന്നു കർമ്മ നിയമം അനുസരിച്ച് ഈശ്വരീയമായ കർമ്മ നിയമമനുസരിച്ച് ദൈവം നിശ്ചയിച്ച നിയമം അതുകൊണ്ടെന്തേ ജീവൻ സഞ്ചരിക്കുന്നു ജീവനും ബോധം വേണമെന്നില്ല ബോധം കെട്ടവന് സഞ്ചരിക്കാൻ ബോധം വേണമെന്നില്ല ബോധമുള്ളവർ സഞ്ചരിപ്പിച്ചവളെടുത്തോണ്ട് പോകും ആംബുലൻസിലെടുത്ത് ആശുപത്രി കൊണ്ടുപോകും ബോധമുണ്ടായിട്ടാണോ അല്ല അതുപോലെ തന്നെ പറയുന്നു യഥാ സമുഖ തലയ്ക്ക് അടി കിട്ടിയവൻ നിമിത്ത സമ്മൂർച്ച പ്രതിബന്ധകരണ അടിച്ചു വേദനയുണ്ടായി ബോധം നഷ്ടപ്പെട്ടു സ്വതഹേനികൾ നിയമാനാണ് അവന് ആ ശരീരത്തോടു കൂടി അവനൊരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയാൽ വിജ്ഞാന ശൂന്യത ദൃഷ്ട ബോധമില്ല ബോധമില്ലാതെയാണ് അവിടെ കർമ്മം സംഭവിക്കുന്നത് ആ ശരീരത്തിൽ തഥാ ചന്ദ്രമണ്ഡല മനുഷ്യാതി ദേഹാന്തരം തൃപ്തി അവരുക്ഷത അതുപോലെ ചന്ദ്രമണ്ഡലത്തിൽ ഒറ്റ ലക്ഷ്യത്തിൽ സഞ്ചരിക്കണെന്താണ് ഇനി എനിക്കൊരു മനുഷ്യ ശരീരം കിട്ടണം ആ ലക്ഷ്യത്തിലാണ് അതാണ് മാനുഷാദിദേഹാന്തരം പ്രത്യവര് ഇനിയൊരു മനുഷ്യ ശരീരം അത് ലക്ഷ്യമാക്കിയുള്ള ആ ഇറക്കം കയറ്റവന്റെ ഇറക്കം ഊർദ്ധ സ്ഥാനത്ത് നിന്നു അധോ സ്ഥാനത്തേക്ക് വരുന്നു സ്വർഗഭോഗനിമിത്ത എന്തുകൊണ്ട് സംഭവിച്ചു ആ സ്വർഗഭോഗത്തിന് നിമിത്തമായിരുന്ന കർമ്മങ്ങളെല്ലാം ക്ഷയിച്ചുപോയി മൃദുത അബ്ദേഹാന പ്രതിബദ്ധ കരണാന പറയുന്നു ആ അവിടെ പറഞ്ഞല്ലോ സൂക്ഷ്മ ശരീരാബ്ദേഹം സ്വർഗലോകത്തിലുള്ള സുഖങ്ങൾ അനുഭവിക്കുന്നതിന് യോഗ്യമായ അദ്ദേഹം അത് നഷ്ടപ്പെട്ടു പോയി കർണങ്ങളെല്ലാം പ്രതിബന്ധമായി എന്നിട്ടൊന്നിനും പ്രവർത്തിക്കാൻ പോയാൽ മനസ്സ് ബുദ്ധി പ്രാണന്മാരൊന്നും പ്രവർത്തിക്കുന്നില്ല പിന്നെ ബോധം എങ്ങനെയുണ്ടാവും ബോധമില്ല അപ്പം ബോധശൂന്യനായി തന്നെ കർമ്മനിയമം അനുസരിച്ച് ബോധം നഷ്ടപ്പെട്ടവനെ മറ്റുള്ളവർ ചുമന്നുപോകുന്നതുപോലെ ആ കർമ്മപാശക്കാർ ദദ്ധിതനായി ബോധശൂന്യനായി ആ ജീവൻ ചന്ദ്രലോകത്തു നിന്നും സ്വർഗലോകത്തുനിന്നും സഞ്ചരിക്കുന്നു ആകാശാദിക്രമേണ സംസൃഷ്യത്തെ പ്രതിബദ്ധകർ അദ്ദേഹത്തെ ആ ജീവന്മാർ അവിടെ നിന്ന് യാത്ര ആരംഭിച്ചവർ അപരിത്യക്തദേഹ ബീജഭൂത അഭി വരുന്നതിന് നേരത്തെ പറഞ്ഞു അവിടെ ചന്ദ്രമണ്ഡലത്തിൽ അവിടെ ഉള്ള ശരീരം ആകാശത്തിൽ വരുമ്പോൾ ശരീരം വായുവിന് വരുമ്പോൾ ശരീരം മേഘത്തിൽ വരുമ്പോൾ ശരീരം ജലത്തിൽ വരുമ്പോൾ ശരീരം ശരീരം അങ്ങനെയുള്ള ശരീരങ്ങളെ മൂർച്ഛിത ഇവ എങ്ങനെയാണോ തലയ്ക്കടിയേറ്റ് ബോധം കെട്ടവൻ സഞ്ചരിക്കുന്നത് അതുപോലെ ആകാശാതിക്രമേണ ഇമാം അവരോഹിയ ശ്രുതി പറഞ്ഞക്രമത്തിൽ പല രോഗങ്ങളിലൂടെയും സഞ്ചരിച്ച് ഭൂമിയിൽ ഇറങ്ങി ജാതിഷ്യന്തിമം സ്ഥാവരദേഹം ഇതെല്ലാം ഉണ്ടാകുന്നു അത് മൃഗജാതിയാകാം മനുഷ്യജാതിയാകാം സസ്യജാതിയാകാം അങ്ങനെ വരാം സ്ഥാവരദേഹങ്ങൾ അതുമായിട്ട് ബന്ധം വരുന്നു പ്രതിബദ്ധ കർണതയ അനദ്ഭുത വിജ്ഞാന അവിടെയെല്ലാം എന്താണ് കർണങ്ങൾക്കെല്ലാം പ്രതിബദ്ധം വന്നു വിജ്ഞാനം അനദ്ഭുതമായി വിജ്ഞാനം പ്രകാശിക്കുന്നില്ല അതുകൊണ്ട് ബ്രിഹ്യാദി ബീജത്തിലിരിക്കുന്ന ആ ജീവന് ആ ബ്രിഹ്യാദി ബീജത്തെ ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്നില്ല മറിച്ച് അതിന് എന്തൊക്കെ സംഭവിച്ചാലും ശരി അത് അന്നമാകുമ്പോൾ അതവിടെ ഇരുന്നു കൊണ്ട് ആ അന്നത്തിലൂടെ പുരുഷ ശരീരത്തിൽ പ്രവേശിക്കുന്നു എന്താ ഇത് പറയുന്നത് മറിച്ചാണെങ്കിൽ ജീവൻ അനുയോഗ്യമല്ലാത്ത തിരിക്കത്തില്ല അതുകൊണ്ടാണ് നെല്ലിൽ നെല്ല് മണിയിൽ ഇരുന്ന ആ ജീവൻ അതിനെ പുഴുങ്ങിയപ്പോൾ അത് ഉപയോഗിച്ച് പോയത് നീടൻ സഹിക്കാൻ പറ്റത്തില്ല യോഗ്യമില്ലാത്തത് അതിരിക്കത്തില്ല അനുശ്യം അങ്ങനെയല്ല എവിടെയിരിക്കും എന്തുകൊണ്ട് അതിന് ബോധമില്ല മറ്റു ബോധമുണ്ട് അത് തിരിച്ചറിഞ്ഞ് ഈ ശരീരം ഇനി എനിക്ക് പറ്റിയതല്ല ഇത് വിടണം ഒട്ടുപേർ ശരീരത്തിൽ ഇതിന് ബോധമില്ല അതുകൊണ്ട് എന്തോ നിയമം ആ നിയമം അനുസരിച്ച് അത് അനുഭൂതവിജ്ഞാനവണകണ്ടനകേശന സംസ്കാര ഭക്ഷണ രസാദികർണാമരേതസേഖകാലു മൂർച്ഛിതപതേവ അതുകൊണ്ട് അനുശ ഈ ചന്ദ്രമണ്ഡലത്തിൽ എപ്പോഴാണോ കർമ്മം ക്ഷയിച്ച് അവിടെ നിന്ന് ഭൂമിയിലേക്ക് യാത്ര തിരിച്ച ആ നിമിഷം മുതൽ ഇവിടെ വന്ന് ലവണകണ്ടനം ചേരിക്കുക ഇടിക്കുക പൊടിക്കുക സംസ്കരിക്കുക പാകം ചെയ്യുക ഭക്ഷിക്കുക ശരീരത്തിൽ രക്തമാംസ രേതായി പരിണമിക്കുക അവിടെ എന്താ എന്താണോ വളരെ സൂക്ഷ്മമായ ആ ജീവരൂപത്തിൽ ഇരുന്ന് സ്ത്രീഗർഭത്തിൽ പ്രവേശിക്കുക ശിശുവാകുന്നു മൂർച്ഛദേവതയെ പോയി മുഴുവൻ സമയം അത് ബോധരഹിതം തന്നെയാണ് ദേഹാന്തരാരംഭകസ്യ കർമ്മണോ അലബ്ധവൃത്തിത്വം എന്തുകൊണ്ട് പറയുന്നു അതുവരെ മറ്റൊരു ശരീരം ശരിയായ ശരീരം ഇവിടെയെല്ലാം ശരീരത്തെ സ്വീകരിച്ചില്ല അത് മകരം ഭക്ഷിച്ചു അല്ലെങ്കിൽ ഗ്രേഹി രൂപത്തെ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ അത് ശരീരത്തെ സ്വീകരിക്കുന്നില്ല വെറും അതൊരു ഉപാധി മാത്രം അതിലൂടെ കടന്നു പോകുന്നു എന്നേ ഉള്ളൂ ആ ജീവൻ സ്വയം വൃഹി ശരീരത്തെ സ്വീകരിച്ചില്ല മത്സ്യ ശരീരത്തെ സ്വീകരിച്ചില്ല ഒന്നും ചെയ്തില്ല കടന്നു പോകുന്ന ഒരു വഴി മാത്രം മലച്ചെയ്തു അവൻ തിരിച്ച് പുരുഷനായി വരണം അതുവരെ അവിടെ വന്നേ യാത്ര അവസാനിക്കാരണം ഈ പുരുഷനായിരുന്നു സത്കർമ്മങ്ങൾ ചെയ്താണ് ഞാൻ അവിടെ എത്തിയത് അതുപോലെ എന്തെങ്കിലും ആ പുരുഷനായി തീർന്നവർ അതുവരെ വാസ്തവത്തിലവൻ ജന്മത്തെ സ്വീകരിക്കില്ല മറിച്ച് ജന്മങ്ങളിലൂടെ കടന്നുപോകുന്നു ശരീരത്തിലൂടെ കടന്നുപോകുന്നു എന്തുകൊണ്ട് ദേഹതാരംഭകസ്യോ അടുത്തു കെട്ടേണ്ട ശരീരം അതിനു കാരണമായ കർമ്മം അലബ്ധ ഫലം കൊടുക്കാൻ തുടങ്ങി ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഈ ശരീരത്തെ വിട്ടിട്ട് മറ്റൊരു ശരീരം സ്വീകരിക്കുന്നവൻ പുഷ ശരീരത്തെ സസ്യ ശരീരത്തെ സ്വീകരിക്കുന്നവൻ അവന്റെ കർമ്മം ഫലം കൊടുക്കാൻ തയ്യാറായി അത് സ്വയം ആ ശരീരത്തെ തന്നെ സ്വീകരിക്കുന്നു ആണ് രണ്ടും വ്യത്യാസം ദേഹബീജ് അപരിത്യാഗനൈവ സർവസ്ഥ ആ ദേഹം ഒരു ദേഹമുണ്ടല്ലോ ശരീര ഒരു ജീവൻ സർവവ്യാപിയാണ് സർവ്വവ്യാപിയായിരിക്കുന്ന ജീവന് സഞ്ചരിക്കണമെങ്കിൽ ഒരു ലോകത്ത് നിന്ന് വേറെ ലോകത്തേക്ക് പോകണമെങ്കിൽ അതിന് ഒരു ശരീരം വേണം അല്ലാതെ സഞ്ചരിക്കാൻ പറ്റില്ല ഒരു ഉപാധി വേണം അതുകൊണ്ടവിടെ നേരെ സൂക്ഷ്മം ഭൂതം സൂക്ഷ്മം ഭൂതങ്ങളാകുന്ന ഉപാധിയോടുകൂടി അതൊരു ശരീരത്തിൽ സ്വീകരിച്ച് അവിടെ നിന്ന് യാത്ര തുടങ്ങി ആ ശരീരത്തിൽ തന്നെ ആ ശരീരത്തെ അപ്സംബന്ധ അപരിത്യാഗിയാണ് ഉപേക്ഷിക്കാതെ ആ ശരീരത്തോടുകൂടി വന്ന് മറ്റൊരു ശരീരത്തെ സ്വീകരിക്കുന്നു മറ്റേ ശരീരത്തെ സ്വീകരിക്കുന്നു സർവസ്വാസ്ഥാസ്തന് അതുകൊണ്ടാ സൂക്ഷ്മ ശരീരത്തെ തന്നെ സർവാവസ്ഥകളിലും വർദ്ധിക്കുന്നു ഇതിൽ ജനവുകാവ ചേതനാവത്തുന്ന വിരുദ്ധ്യത്തെ അതുകൊണ്ട് എന്താണ് ചൈതന്യമാണത് അല്ലാതെ ജഡമല്ല ബോധമില്ലെന്ന് പറഞ്ഞാൽ ജഡമല്ല എന്തുകൊണ്ട് ചൈതന്യമാണോ ജീവനാണ് ജീവൻ ചൈതന്യം ഉള്ളതാണ് ജീവന്റെ ചൈതന്യം ജീവൻ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അത് ബാഹ്യമായി പ്രവർത്തിക്കുന്നില്ല കാണുന്നില്ല കേൾക്കുന്നില്ല മുണക്കുന്നില്ല രുചിക്കുന്നില്ല അതൊന്നും സംഭവിക്കുന്നില്ല പക്ഷെ ജീവന്റെ ചേതനയ്ക്ക് അത് സ്വയം ചൈതന്യ സ്വരൂപമായതല്ല ആ ചേതനയ്ക്ക് ഒരിക്കലും ഒരു മംഗലയൊക്കെ അത് ചൈതന്യത്തോടുകൂടി തന്നെയിരിക്കും എന്ന് പറഞ്ഞാൽ ആ ജീവൻ സദാ നിത്യ മുക്ത ശുദ്ധ മുക്ത സ്വഭാവനായി തന്നെ ഇരിക്കുന്നു ജ്ഞാനസ്വരൂപിയായി തന്നെയിരിക്കുന്നു എന്നിരിക്കുന്നു അവിടെ പറയുന്നത് അതിൻ്റെ മറവി സംഭവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഒരു ആവരണം സംഭവിച്ചിരിക്കുന്നു ഒരജ്ഞത സംഭവിച്ചിരിക്കുന്നു അതിന്റെ ജ്ഞാനം കേവലം വാസനാരൂപത്തിൽ മാത്രം സ്ഥിതിയില്ല അതാണ് വ്യത്യാസം മറിച്ച് ചേതന ഉണ്ടതാണ് ഇതിലൂക്കാക്കേതനാകത്തുനവരി അന്തരാളിയത് അവിജ്ഞാനം പിന്നെന്താണ് ഈ അന്തരാളത്തിൽ ഇവിടെ സ്വർഗപതനം മുതൽ ഭൂമിയിലെ ശരീരപ്രാപ്തി വരെ ഇതാണ് അന്തരാളം ഇവിടെ എന്താണ് അചേതനാവം മൂർച്ഛവത് ബോധമുണ്ടെന്നല്ല മൂർച്ഛനെ പോലെ ബാഹ്യബോധം ആന്തരികമായി ബോധസ്വരൂപനായിരിക്കുന്നു ഇതാണ് തിരിച്ചു ഇനി ഇതിനോട് സന്ദർഭീയമായി വരുന്ന കാര്യം അടുത്ത് പറയുന്നു